जी जी ഓംിേതക്ഷിം തോപ്പം ഭവിഷ്യതിക്കാതീതം തദപ്യൂാര यत् सप्तंग एकोनविंशतिमुखं प्रविक्तम् वयसो न प्रथमो पदः सोपनस्थानु अनुत्र सप्तंग एकोनविंशतिमुखं प्रविक्तब्बु तदस्यो द्वितीयपदः कामं ോ നാമം കാമയത്തെ നപനം പശ്യതി തത് സുഷുപതം സുഷുപാ ഏഗീഭൂത പ്രജ്ഞാനഘനേവാനന്ദമയൂഹ്യാനന്ദഭേദോ മുഖപ്രാതൃതീയ പാദ നന്ദം നേദപ്രജ്ഞം ന പ്രം നദൃശ്യംഹാര്യ അഗ്രാഹ്യം അലക്ഷണം അച്ഛിന്യം അഭ്യപതേശം ഏകാദ പ്രത്യസാരം പ്രപഞ്ചോപം ശിവൈതം ചതുർത്ഥം മന്യന് സാത്മാേയ ഥമ മാത്രമത് <laughs> <laughs> സ്വപ്നോതിഹ വൈ സർവാൻ കാതി സ്വപ്നസ്ഥാനത്തൈതസ ഉോ ദ്ധയാ മാത്ര ഉത്കർഷാ ഉദ്ദേ ഉഹ വൈ ജ്ഞാനസന്ധതി സമാനസഭതി നമ്മവിത് കുളേ ഭീയവേദ സുഷുതാമ കാലയമാത്രമേർവാ മിനോദിഹ വർ മാത്രോഹോദ് ഓക്കാര ആത്സത്തി ആത്മസ്യനുബോധന <coughs> <coughs> <coughs> ഗ്രാഹ്യഭാവേത്തഗ്രഹ <laughs> സമാധിയിൽ ചിത്രം നിശ്ചലമാകുമ്പോൾ പ്രപഞ്ചോപശമം അനുഭവമായി തീരുകയും ചെയ്യുമല്ലോ അപ്പോൾ യോഗലക്ഷ്യമായ സമാധിയും സാക്ഷാത് മോക്ഷകാരണമാവുകയില്ലേ നിഷ്പിത്തൽ അവിദ്യ നിലനിൽപ്പുണ്ടോ അപ്പൊ യോഗ സമാധിയെ കുറിച്ച് പറയുന്നത് അവിടെയും ജ്ഞാനമുണ്ട് ഒരു വിവേകഖ്യാതി എന്ന് പറയും യോഗശാസ്ത്രം വിവേകഖ്യാതിയിൽ എന്താണ് സംഭവിക്കുന്നത് പ്രകൃതി പുരുഷ വിവേകജ്ഞാനമാണ് പുരുഷന് പ്രകൃതിയിൽ നിന്ന് വേർതിരിച്ചറിയിക്കുക ഈ വിവേക ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ അഷ്ടാംഗയോഗ പരിശീലനം പ്രകൃതിയിൽ നിന്ന് പുരുഷന് വേർതിരിച്ചറിയുന്നുകൊണ്ട് പ്രപഞ്ച മിഥ്യാത്വം ഞാൻ സംഭവിക്കുന്നു അന്യനായ ഒരുവനിൽ നിന്ന് തന്നെ വേർതിരിച്ചറിയുന്നു ഈ ജ്ഞാനം കൊണ്ട് അന്യന് അസത്യമാണെന്നുള്ള ഞാനുണ്ടാകട്ടു അതാണ് യോഗ സമാധിയും ഇതും തമ്മിൽ വരുന്ന വ്യത്യാസം ഇവിടെ അദ്വൈത ബോധം എന്ന് പറയുന്നത് പ്രപഞ്ച മിഥ്യാത്വബോധപൂർവകമാണ് പ്രപഞ്ചമിഥ്യാത്വം എന്ന് പറയുന്നത് യോഗശാസ്ത്രത്തിൽ ഒരാടക്കും അംഗീകരിക്കുന്നുണ്ട് രണ്ടും തമ്മിൽ വ്യത്യാസം ഇനി അദ്വൈതയുടെ അനുഭവത്തെ സമാധി എന്ന് പറയാം അനുഭവത്തിൽ എത്തിച്ചേരുന്ന ഒരു കാര്യം യോഗശാസ്ത്രത്തിൽ പറയുന്നില്ല യോഗശാസ്ത്രത്തിലും സമാധി എന്ന് പറയുന്ന അനുഭവത്തെ കുറിച്ച് വിശദീകരിക്കണം പക്ഷെ എത്തിച്ചേരുന്ന അദ്വൈത സാക്ഷാത്കാരം എന്ന് പറയുന്ന വാക്കു യോഗത്തിന് ചേരുന്നാൽ യോഗം നമ്മൾ പ്രധാനമായും ഉദ്ദേശിക്കുന്നു പാതഞ്ജലയോഗം അദ്വൈതം എന്ന് പറയുന്ന ഒരു പാത ജലയോഗം മുഴുവൻ പരിശോധിച്ചു നോക്കുക അദ്വൈതം എന്ന് പറയുന്ന ഒരു വാക്ക് തന്നെ അവിടെയില്ല അദ്വൈതശാസ്ത്രമാണ് അവിടത്തെ സാക്ഷാത്കാരത്തെ കുറിച്ച് പറയുന്നതും എന്താണോ ഈ വിവേകം കൂടാതെയുള്ള സാക്ഷാത്കാരം അവിടെ ഈ സാക്ഷാത്കാരത്തെ കുറിച്ച് പറയുന്നുണ്ട് മുക്തിയെക്കുറിച്ച് പറയുന്നുണ്ട് അത് ചാർവാകൻ പോലും പറയുന്നുണ്ട് മുക്തിയെക്കുറിച്ചും സാക്ഷാത്കാരത്തെക്കുറിച്ച് ആത്മാവിന്റെ അസ്തിത്വത്തെ അംഗീകരിക്കുന്ന ചർവാകൾ എല്ലാവരും മുക്തിയെക്കുറിച്ച് പറയുന്നു അപ്പൊ മുക്തി സാക്ഷാത്കാരം എന്നെല്ലാം പറയുന്നത് എല്ലാ ദർശനങ്ങളിലും ഉള്ളതാണ് ദൈവിധ ദർശനങ്ങൾ സാങ്ക്യം യോഗം ന്യായം വൈശേഷ്യം ഇവിടെയെല്ലാം പറയുന്നുണ്ട് ഇവിടെയെല്ലാം ആത്മജ്ഞാനത്തെക്കുറിച്ച് പറയുന്നുണ്ട് മുക്തിയെക്കുറിച്ചും പറയുന്നുണ്ട് പക്ഷേ അദ്വൈത മതമനുസരിച്ച് അല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ ആചാര്യൻ പറയുന്നതുമായി നോക്കുമ്പോൾ അതെല്ലാം അപൂർണജ്ഞാനമാണ് അതൊന്നും അദ്വൈത സാക്ഷാത്കാരമുണ്ട് അപ്പോ ഇവിടെ പറയുന്ന എന്താണ് അവിടെ പ്രപഞ്ച ഉപശമെന്ന് പറയുന്നൊരു ഇതേ ഇല്ല കാരണം പ്രകൃതി പിൻവാങ്ങുന്നു അത്രയേ ഉള്ളൂ പ്രകൃതി ഇല്ലാതാകുന്നില്ല ഒരു പുരുഷനിൽ നിന്നും പ്രകൃതി പിൻവാങ്ങുന്നു അതുപോലെ അങ്ങനെ അവർ നർത്തകി നൃത്തം മതിയാക്കി പിൻവാങ്ങുന്നത് പോലെ അതോടുകൂടി പ്രകൃതി അവസാനിക്കുന്നില്ല ഇവിടെ അങ്ങനെയല്ല ഇവിടെ അദ്വൈതം നമുക്ക് അറിയാമെന്നോ അദ്വൈതത്തെ സംബന്ധിച്ച് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് അതുപോലെയല്ല അത് അത്യന്തം വ്യത്യസ്തമാണ് അതുകൊണ്ട് യോഗ മാർഗത്തിലൂടെയുള്ള സമാധിയിൽ എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ് യോഗ പതഞ്ജല യോഗത്തിൽ ജീവാത്മ പരമാത്മ ഐക്യത്തെ അംഗീകരിക്കുന്നില്ല ഒരിക്കലും ജീവാത്മ പരമാത്മാക്കൾ ഏകമാകത്തില്ല എന്തിന് രണ്ടാത്മാക്കൾ പോലും ഏകമാകത്തില്ല എപ്പോഴും ഒരാത്മാവ് മറ്റൊരാത്മാവിൽ നിന്ന് ഓരോ ശരീരത്തിനും ഓരോ ആത്മാവ് ഒരാത്മാവും മറ്റൊരാത്മാവിൽ നിന്ന് വേറിട്ട് തന്നെ നിൽക്കും അതുതന്നെ സാധ്യമല്ലാതിരിക്കുകയെ എന്ന് വെച്ചാൽ മുഖ്യമായ വ്യത്യാസം അവിടെ ഭേദത്തെ അംഗീകരിക്കുന്നു ഭേദത്തെ സത്യമായി തരു ദ്വൈത ദർശനങ്ങൾക്കെല്ലാം ഉള്ള ഒരു പ്രത്യേകത അതാണ് അവർ ഭേദം സത്യമാണ് തരുന്നു എന്ത് ജീവൻ ഈശ്വരൻ ജഗത്ത് ഈ ഭേദത്തിനൊരിക്കലും നിവൃത്തി സംഭവിക്കുന്നില്ല അദ്വൈതമതമനുസരിച്ച് ഈ ഭേദം കല്പിതമാണ് കൽപ്പിതം ആരോപിതം തുടങ്ങിയ ആശയങ്ങളൊന്നുംവൈതദർശനങ്ങൾ സ്വീകരിക്കുന്നില്ല അതുകൊണ്ട് അവർ ഇഷ്ടാംഗയോഗം അഭ്യസിക്കുന്നു സമാധിശീലിക്കുന്നു സമാധിയിൽ നിന്ന് അവരും കൈവല്യപ്രാപ്തിയെക്കുറിച്ച് പറയുന്നു പക്ഷേ ആത്യന്തികമായ സംസാരം ഒന്നുകൂടി അദ്വൈതിയുടെ സിദ്ധാന്തവും അദ്വൈതിയുടെ സിദ്ധാന്തവുമായിട്ട് വളരെ വളരെ വ്യത്യാസം ജീവാത്മ പരമാത്മേകത്വം പോലുള്ള കാര്യങ്ങൾ സ്വീകരിക്കുന്നില്ല ഭേദ സത്യമായി സ്വീകരിക്കുന്നു അതുകൊണ്ടാണ് അദ്വൈതത്തിൽ പറയുന്നത് ഏത് സമാധിയെ നിങ്ങൾ സമാധി എന്ന് പറയുന്നത് ചിത്രത്തിന്റെ ഒരവസ്ഥ ചിത്രത്തിന്റെ ഏത് അവസ്ഥയെ പ്രാപിച്ചാലും ശരി അവിടെ സംസാരം നിവൃത്തി പൂർണമായി സംഭവിക്കില്ല ആ സമാധിയുടെ ഫലമായി ഒരുപക്ഷെ ദീർഘകാലം പ്രപഞ്ചവിസ്മൃതിയിലിരിക്കാൻ പറ്റും പക്ഷെ സംസാരം അവസാനിക്കുന്നില്ല പ്രപഞ്ച വിസ്മൃതി വിസ്മൃതിയിൽ ഈ കൽപ്പാന്തം വരെ ഈ സൃഷ്ടി തുടങ്ങി സൃഷ്ടിയുടെ അവസാനം വരെ നിങ്ങൾക്ക് തിരിക്കാൻ കഴിയും പക്ഷേ ജീവാത്മ പരമാത്മ ഏകത്വാനും കൂടാതെ സംസാരത്തിൽ നിന്ന് മോചനങ്ങൾ ഈ ഒരു കല്പത്തിൽ മോചിച്ചാൽ പോരാ വീണ്ടും അടുത്ത കൽപ്പത്തിൽ വീണ്ടും ഈ സംസാരത്തിലേക്ക് വരും അതുകൊണ്ട് യോഗസമാധി ഇവിടെ അദ്വീതി മോക്ഷകാരണമായി അംഗീകരിക്കുന്നുണ്ട് അത് ഭാഷകാരൻ വ്യക്തമായി അത് എടുത്തു പറഞ്ഞ നിരോധി അർത്ഥാന്തരം ഇത് ഭാഷത്തിലുള്ളവരുടെ പറയുന്നുണ്ട് ചിത്രത്തിന്റെ നിരോധം അത് മോക്ഷത്തിനൊരുപാരിമായി സ്വീകരിക്കാമോ പറയുന്ന പാടില്ല അതുകൊണ്ട് സാധ്യമല്ല എന്നാൽ യോഗത്തിന്റെ സാധനങ്ങളെ സ്വീകരിക്കാമെന്നും പറയുന്നുണ്ട് യോഗ സാധനങ്ങൾ പറയുന്ന യമനിയമാദികളും മറ്റും എല്ലാ ആധ്യാത്മിക സാധകന്മാർക്ക് സ്വീകരിക്കണം പക്ഷെ അവിടെ പറയുന്ന സമാധിയിലൂടെ കാരണം അവിടുത്തെ തത്വചിന്ത തന്നെ പ്രപഞ്ചത്തെ സത്യമായി അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു തത്വചിന്തയും സംസാരം നിവർത്തിക്കുന്നതയില്ല ഇതാണ് അദ്ദേഹയുടെ അതുകൊണ്ട് ഇവിടെ പറയുന്ന നിഷ്പന്ദമായ ചിത്തം എന്ന് പറയുന്നു അവിടെ ഒരു ജീവാത്മാവിന്റെ ചിത്തം നിഷ്പന്ദമായിരിക്കട്ടെ അന്ന് വെച്ചവിടെ നിഷ്പന്തത എന്നും അവരംഗീകരിക്കുന്നില്ല അവിടെ അംഗീകരിക്കുന്നത് നിരോധമാണ് നിരോധ പരിണാമം എന്നാ പറയുന്നത് അപ്പോൾ ആ നിരോധമെന്ന് പറയുമ്പോൾ തന്നെ എന്താണ് അവിടെ എന്തോ ശേഷിക്കുന്നുണ്ട് ചിത്തം സൂക്ഷ്മരൂപത്തി ശേഷിക്കുന്നുണ്ട് അതിവിടെ ശേഷിക്കും പ്രകൃതി അപ്രകൃതി നശിക്കുന്നില്ല പ്രകൃതി അവസാനിക്കുന്നില്ല ഒരു ജീവനെ സംബന്ധിച്ച് മാത്രമേ പ്രകൃതി ഒരു പുരുഷനെ സംബന്ധിച്ച് മാത്രമേ പ്രകൃതി മാറി നിൽക്കുന്നുള്ളൂ അത് ഒരു കല്പം വീണ്ടും അടുത്തൊരു കൽപ്പത്തിലേക്ക് ആ പ്രകൃതിയിൽ നിന്ന് ആ ചിത്തം വീണ്ടും സ്പന്ദിച്ച് വീണ്ടും ബന്ധനത്തെ ഉണ്ടാക്കില്ല എന്നുറപ്പില്ല അതുകൊണ്ട് രണ്ടും രണ്ടു തന്നെയാണ് യോഗ സമാധി പതഞ്ജല യോഗ സൂത്രങ്ങൾ ശരിക്കും ചിന്തിക്കുക കാരണം യോഗസൂത്രങ്ങൾ പിന്തുടരുന്ന തത്വചിന്ത സാഖ്യമാണ് സാഖ്യതചിന്തയാണ് കപിലന്റെ സാഖ്യം ആ തത്വചിന്തയെ ശരിയല്ല എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ശങ്കരാചാര്യർ വളരെ കൂടുതൽ എഴുതിയിരിക്കുന്നത് ബ്രഹ്മസൂത്രത്തിനു പറ്റി യോഗത്തിന്റെ തത്വചിന്ത ഏതാണ് അത് പ്രകൃതിയെ സത്യമായി സ്വീകരിക്കുന്നതുകൊണ്ട് തന്നെ അത് സംസാരം നോട്ട് തടസ്സമാണ് പ്രകൃതിയെ ജഡമായി സ്വീകരിക്കുന്നു ഒരുപാട് ദോഷങ്ങളുണ്ട് അതെല്ലാം യോഗികളും സ്വീകരിക്കുന്നുണ്ട് വിശേഷിച്ചവരവിടെ എന്താ ചെയ്യുന്നു അഷ്ടാംഗ യോഗത്തെ അവിടെ കൂട്ടിച്ചേർക്കുന്നുണ്ടു അതുകൊണ്ടാണ് അതിന് ശരസാംഖ്യം എന്ന് പറയുന്നത് അതിന് നിഷേധിക്കാന്ന് പറയുന്നതായിരുന്നു ശങ്കരാചാര്യ ഏറ്റവും നിഷേധിക്കാമെന്ന് പറയുന്ന അതൊന്നും സംസാരം നിവിടത്തേക്ക് ഉപകരിക്കത്തില്ല ആത്യന്തികമായ മോക്ഷത്തിന ഉപകരിക്കുന്നു അതെല്ലാം മോക്ഷം നൽകുക എന്ന് വേണമെങ്കിൽ പറയാം താത്കാലികമായിട്ട് മോക്ഷത്തെക്കുറിച്ച് പറയുന്നത് എന്താണോ ആത്യന്തികമായിരിക്കണം ആ ബന്ധനത്തിൽ നിന്നുള്ള മോചനം വീണ്ടും ഒരിക്കലും വീണ്ടും ആവർത്തിക്കാത്തതായിരിക്കണം ആ മോചനം പൂർണവുമായിരിക്കണം അപ്പോ ശങ്കരാചാര്യന്റെ അഭിപ്രായത്തിൽ മറ്റ് മോക്ഷ മാർഗങ്ങളും മോക്ഷവും ആത്യന്തികമല്ല കാരണം ആ മോക്ഷം പൂർണമാകണമെന്നല്ല ഭാഗികമായ സംസാരം നിവൃത്തിയാകണം അല്ലെങ്കിൽ നമ്മൾ മോക്ഷം എന്ന് വരുന്നത് വീണ്ടും സംസാരത്തിലേക്ക് പതിക്കാം അപ്പോ പൂർണ്ണമായ ഇത് തത്വജ്ഞാനം കൊണ്ടേ സാധ്യമാകും തത്വജ്ഞാനം എന്ന് പറയുന്നിടത്തും എന്താ പറയുക ജ്ഞാനം കൊണ്ട് മോക്ഷമെന്നുണ്ടോ പറയുന്നു ജ്ഞാനം കൊണ്ട് മോക്ഷം ദ്വൈതികളെല്ലാം അംഗീകരിക്കുന്നുണ്ട് ന്യായവൈശേഷിയ ദർശനങ്ങളിലെല്ലാം ജ്ഞാനം കൊണ്ട് മോക്ഷം എന്നാണ് പറയുന്നത് അത് പറഞ്ഞിട്ടും കാര്യമില്ല തത്വജ്ഞാനം കൊണ്ട് മോക്ഷമുണ്ട് തത്വജ്ഞാനം എന്ന് പറയുമ്പോൾ പരമാർത്ഥാണ് ആ പരമാർത്ഥാനം കൊണ്ടേ മോഷം ഉണ്ടാകും അവർ പരമാർത്ഥാനത്തെക്കുറിച്ച് പറയുന്നു ന്യായവൈശേഷിക ദർശനങ്ങളൊക്കെ എന്താ പറയുന്നത് ആത്മാവ് നിത്യമാണ് അതുപോലെ ഈ പ്രപഞ്ചവും ഈ പ്രപഞ്ചത്തിലെ പല അംശങ്ങളും നിത്യമാണ് അപ്പൊ അത് ഇവിടെ നിത്യമായി പരമാർത്ഥമായി വന്നു മാത്രമേ ഉള്ളൂ ആത്മാവ് മറ്റൊന്നും നിത്യമാണ് അതി ഏകമാണ് അദ്വയമാണ് ജ്ഞാനത്തെ ഒരു ജ്ഞാനമെന്ന് പറഞ്ഞാൽ പുരാ തത്വജ്ഞാനം എന്ന് പറയുന്നു അവിടെ മാത്രമേ ജീവാത്മ പരമാത്മ ഏകത്വം എല്ലാം പാരമാർത്ഥികം എന്ന് പറയുന്നുള്ളൂ ആ തത്വജ്ഞാനം കൊണ്ട് മാത്രമേ മോക്ഷം ഉണ്ടാകത്തുള്ളൂ കാരണം ഈ പ്രകൃതിയെ അവശേഷിപ്പിക്കുക മോക്ഷം നേടുക എന്ന് പറയുന്നതിന് അർത്ഥമില്ലെന്നാണ് അതേ സമയം പറയുന്നത് പ്രകൃതി ഇവിടെ ശേഷിക്കുന്നു അതുങ്ങള് ഇന്നല്ലെങ്കിൽ നാളെ ബന്ധിക്കും അപ്പൊ ആ ബന്ധനത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം പ്രകൃതി ശേഷിക്കാതിരുന്നാലേ പറ്റും അപ്പൊ പ്രകൃതി പുരുഷൻ ഈശ്വരൻ തുടങ്ങിയ ഭേദങ്ങളെല്ലാം ഒടുങ്ങണം അങ്ങനെ ഒടുങ്ങുന്നവർ പാരമാർത്ഥികമായ ബോധം അതാണ് മോക്ഷത്തെ കൊടുക്കുന്നത് അതുകൊണ്ട് പാതഞ്ജല യോഗവും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല പിന്നെ യോഗ സാധനകളെ പലതിനെയും സമാധി ഉൾപ്പെടെയുള്ളതിനെ അദ്വൈതയോട് സ്വീകരിക്കണം പക്ഷെ അതൊന്നും പരമാർത്ഥമെന്നുള്ള നിലയ്ക്കല്ല കേവലം ഉപായങ്ങളൊന്നുള്ള നിലയ്ക്ക് മാത്രമാണ് സമാധി എന്ന് പറയുന്ന ശബ്ദവും മറ്റും അദ്വൈതത്തിന് അന്യമായൊരു കാര്യമുണ്ട അതെല്ലാം ഒരു പരിധിവരെ സ്വീകരിക്കുന്നത് പക്ഷെ അതൊന്നും അവസാന വാക്കല്ല അദ്വൈതത്തിന് അടുത്തുവരുന്നത് ചോദ്യം ഭൗതിക വസ്തുക്കൾക്കെല്ലാം ജന്മാതിഷികാരങ്ങൾ കാണപ്പെടുന്നതുകൊണ്ട് അവ സത്യമല്ലെന്നതുപോലെ പ്രപഞ്ചവും ഉണ്ടായി നിലനിന്നു നശിക്കുന്നതിനോ സത്യമല്ലെന്ന് പറയുന്നത് പ്രപഞ്ചമുണ്ടായിട്ടേ ഇല്ല എന്ന് സ്ഥാപിക്കുന്നതിനേക്കാൾ പുസ്തകമല്ലേ സാധാരണഗതിയിൽ പ്രപഞ്ചം ഉണ്ടായിട്ടേയില്ല എന്ന് പറഞ്ഞാൽ അത് യുറ്റിയുള്ളതല്ല നമ്മൾ പലതവണ ഇക്കാര്യം ചർച്ച ചെയ്തതാണ് പ്രപഞ്ചം ഉണ്ടായിട്ടേയില്ല എന്ന് പറഞ്ഞ് പ്രപഞ്ചത്തെ നിഷേധിക്കുക ഉണ്ടായിട്ടേ ഇല്ലെങ്കിൽ പിന്നെ എന്തിനും നിഷേധിക്കണമെന്ന് എന്ന സാമാന്യ ചോദ്യത്തിന് മറുപടി പറയാൻ പ്രയാസമാണ് അതുകൊണ്ട് പ്രപഞ്ചം ഉണ്ടായിട്ടേയില്ല എന്ന് പറയുന്നത് നമ്മളത് പറയുന്നത് വ്യാവഹാരികമാണ് വ്യാവഹാരികമായും മനസിന്റെ തലത്തിൽ പറയുകയാണ് പ്രപഞ്ചം ഉണ്ടായിട്ടേയില്ല എന്ന് പക്ഷെ അതുകൊണ്ട് ബോധിപ്പിക്കുന്ന എന്താണോ പലതരത്തിൽ അതിനെ മനസ്സിലാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഒന്ന് അതിന്റെ വാച്ചാർത്ഥത്തെ സ്വീകരിക്കരുത് അദ്വൈതത്തിന്റെ ഒരു നിലപാടതാണ് ഇവിടെ ഒരു ശബ്ദം കൊണ്ടേയും വാച്ച് നമ്മൾ സാധാരണ പദങ്ങൾ വാക്യങ്ങൾ പ്രയോഗിക്കുമ്പോൾ അവിടെ വാച്ചാർത്ഥത്തെയാണ് സ്വീകരിക്കുന്നത് വാച്ച അർത്ഥത്തെ സ്വീകരിച്ചിട്ട് അത് ശരിയാണെന്ന് നമ്മൾ വാശി പിടിച്ചാൽ ഈ അദ്വൈതം വേദാന്തം എന്ന് പറയുന്നത് കേവലൊരു വാശി മാത്രമാവും നമുക്ക് അനുഭവത്തിന് വിരുദ്ധമായ കാര്യങ്ങളെയും നമ്മൾ യുക്തികൊണ്ട് വാശിയോടുകൂടി സമ്മർദ്ദിക്കാൻ ശ്രമിക്കുന്നവരും അതല്ല അതിന്റെ പരമാർത്ഥമെന്ന് ഞാൻ നൂറ് തവണ പറഞ്ഞിട്ടുണ്ട് നൂറ് തവണയല്ല അതിൽ കൂടുതൽ പറഞ്ഞിട്ടുണ്ട് അതെന്റെ ഉദ്ദേശിക്കുന്നു കാരണം പ്രപഞ്ചം ഉണ്ടായിട്ടില്ലേ എന്ന് പറയുന്നത് എങ്ങനെ ഇതിന്റെ ഒരു പാരമാർത്ഥികമായ ഒരു തലമുണ്ട് ആത്മാവിന്റെ വാസ്തവസ്ഥിതി പാരമാർത്ഥികമായ തലം അവിടെ നമ്മൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ ഉത്പത്തിസ്ഥിതി ലയങ്ങളില്ല അതാണ് പാരമാർത്ഥികമായ അവസ്ഥ അങ്ങനെയൊരു പാരമാർത്ഥികമായ അവസ്ഥ അതിനെന്തു പറയും പ്രപഞ്ചാതീതമായ അവസ്ഥ പ്രപഞ്ചവിനിർമുക്തമായ അവസ്ഥ ശ്രുതി പറയും ത്രിപാദസ്യ അമൃതന്തിവി എന്നെല്ലാം പറയും അങ്ങനെ ഒരു പാരമാർത്ഥികമായ അവസ്ഥയെ ഈ വ്യവഹാരികമായ അവസ്ഥയിൽ നിന്ന് നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രുതി പറയുന്നത് ഇത് പ്രപഞ്ച ഉത്പത്തിസ്ഥിതി ലയങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അവിടെയില്ലെന്നാണ് അല്ല നമ്മുടെ ഈ വ്യാവഹാരികമായ അനുഭവത്തിൽ ഇതില്ല എന്നല്ല അങ്ങനെ പറയുന്നത് യുക്തിയല്ലല്ലോ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നിനെ ഇല്ല എന്ന് പറയുന്നതിന് എന്താ അർത്ഥമുണ്ടോ അത് അബദ്ധമാണ് നമ്മളങ്ങനെയുള്ള പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട് അമ്പലപ്പറമ്പിലും മറ്റും അതെല്ലാം ഇവിടെ പറയുന്നത് ഇവിടെ പറയുന്നത് വിത്യേഷ ആ കാര്യ നമ്മൾ വിശദീകരിച്ചതോടെ വ്യക്തമായി പറഞ്ഞു ആ ഭാഗം ഒരിക്കലും ഇവിടെ കേട്ടു പരമാർത്ഥത പാരമാർഹികമായ ഒരു തരത്തെ ചൂണ്ടിക്കാണിക്കുകയാണ് ആ ചൂണ്ടിക്കാണിക്കുന്ന സ്ഥലം നമുക്കിപ്പോ മനസ്സിലായിട്ടില്ല മനസ്സിലാക്കി തരാൻ ശ്രമിക്കുകയാണ് നമുക്കത് മനസ്സിലായിട്ടില്ല അതിന്റെ ആ മനസ്സിലാക്കൽ അവിടെ തന്നിൽ നിന്ന് അന്യമായി ഒന്നും തന്നെയില്ല താൻ തന്നെയാണ് സർവവുമായിരിക്കുന്നത് ഉത്പത്തിസ്ഥിതിലയങ്ങളായിട്ടോ നാശങ്ങളായിട്ടോ സർവവുമായിരിക്കുന്നത് താൻ തന്നെ രണ്ടു തരത്തിലും പറയാം രണ്ടു തരത്തില് പറഞ്ഞാലും ശരിയാണ് അതിനെ നമ്മൾ നമ്മുടെ സാധാരണ മനസ്സിന്റെ ബുദ്ധിയുടെ നമ്മുടെ വാക്കുകളുടെ തലത്തിൽ കൊണ്ടുവന്നും ആ പരമാർത്ഥ തത്വത്തെ സ്ഥാപിക്കാൻ ശ്രമിച്ചാൽ അതിന് യുക്തിയൊന്നുമില്ല അങ്ങനെ സ്ഥാപിക്കാനുള്ള ഒരു ശ്രമമല്ല ഇവിടെ നടത്തുന്നത് വാക്യമായ അർത്ഥത്തെ വിട്ടിട്ട് ലക്ഷ്യമായി ഒന്നിനു ചൂണ്ടിക്കാണിക്കുക മാത്രേള്ളൂ അതുകൊണ്ടാണ് പറയുന്നത് അവിടെ വേദത്തിന് പോലും അവിടെ നിലനിൽപ്പില്ല വേദം വേദമല്ലാതായി തീരുന്നു വേദമല്ലേ പറയുന്നത് ശ്രുതിയാണ് പറയുന്നത് പാരമാർത്ഥികമായി അങ്ങനെ ഒന്നുണ്ട് നീതി നേതി ഇതൊന്നും പരമാർത്ഥമല്ല അതെല്ലാം നമ്മൾ ചർച്ച ചെയ്തതാണ് അപ്പൊ നമ്മുടെ ഈ അനുഭവതലം അനുഭാതീതമായ തലം ഈ രണ്ട് തലത്തിന്റെയും വ്യത്യാസം മനസ്സിലാക്കാതെ പ്രപഞ്ചം ഇല്ലാത്തതാണ് പ്രപഞ്ചം മിഥ്യയാണ് പ്രപഞ്ചം അസത്യമാണ് എന്ന് നമ്മൾ അതിന്റെ വാച്യാർത്ഥത്തെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് അദ്വീതമല്ല ചോദിക്കുന്ന ഒരു ഗായകനിൽ നിന്ന് സംഗീതമുണ്ടായി നിലനിന്ന് അവസാനിക്കുന്നത് കൊണ്ട് അവിടെ ദ്വൈതം സംഭവിക്കുന്നുള്ളു അതായത് ദ്വൈതം എന്ന് പറയുന്നത് ഇത് ഉണ്ടായി നിലനിന്ന് നശിക്കുന്നു ഉണ്ടാകാതിരിക്കുന്നു എന്നുള്ളതല്ല കാരണം സുഷുതിയിൽ ഇതൊന്നുമില്ലെങ്കിലും ഉണരുമ്പോൾ വീണ്ടും നമ്മൾ ദ്വൈതികൾ തന്നെ ആരും അദ്വൈതിയാകുന്നുണ്ട് എന്തുകൊണ്ടാണ് അടുത്ത് ഇനി ഇവിടെയും പറയും ശ്രുതിയിൽ വേറെടുത്തും പറയും സതിസമ്പദ്ധ സതിസമ്പദ് മഹേഷ് ആ സത്തിനോടവിടെ ഏകീഭവിച്ചു ഏകീഭവിച്ചിട്ടും അറിയുന്നില്ല ഞാനവിടെ ഏകീഭവിച്ചിരുന്നു അവിടെ അദ്വീയമായ നിലയാണ് എന്നാലും അറിയുന്നില്ല അതുകൊണ്ട് ഇതെല്ലാം ഉണ്ടായി നിലനിന്ന് നശിക്കുന്നു ഇല്ലയോ എന്നുള്ള ഇവിടെ ഒരു വിഷയമേ അല്ല ഇവിടുത്തെ പ്രധാനമായ ചോദ്യം എന്താണ് ഇതൊക്കെ ഉണ്ടായി നിലനിൽക്കുന്നു നശിക്കുന്നത് സത്യമായിട്ടോ അസത്യമായിട്ടോ അതാണ് ഇതിന്റെ ഏറ്റവും മർമ്മം നിങ്ങൾ പ്രപഞ്ചമുണ്ടോ പ്രപഞ്ചം ഉണ്ടാകുന്നുണ്ടോ പ്രപഞ്ചം നിലനിൽക്കുന്നുണ്ടോ അതില്ലാതാകുന്നുണ്ടോ ഇത് അദ്വൈതത്തെ സംബന്ധിച്ച് ഇതല്ല പ്രധാനമായ ചർച്ച ഇത് ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാലും ശരി ഇതില്ലാകുന്നു എന്ന് പറഞ്ഞാലും ശരി ഇത് സത്യമായിട്ടാണോ അത് അസത്യമായിട്ടാണോ എന്നാ ഇല്ല എന്ന് പറഞ്ഞാൽ ശൂന്യം എന്ന് പറയേണ്ടി വരും ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതെല്ലാം സത്യം എന്ന് പറയേണ്ടി വരും ഇതെന്ത് വേണോ പറഞ്ഞോളൂ വിരോധമില്ലാത്ത വിധത്തിൽ സത്യമായിട്ടാണോ അത് അതാണ് എന്റെ മർമ്മ പ്രധാനമായ ഭാഗം ഇത് സത്യമായി ഉണ്ടായി നിലനിന്ന് നശിക്കുന്നില്ല എന്നാണ് ഇത് പരമാർത്ഥം അല്ലാതെ ഇതുണ്ടായി നിലനിന്ന് നശിക്കുന്നുണ്ട് അദ്വൈതത്തിന് ഹാനിയില്ല അദ്വൈതത്തെ അതെല്ലാം സമർത്ഥിക്കുന്നതേ ഉള്ളൂ ആ നിലയിൽ ഈ പ്രപഞ്ച ഉത്പത്തി സ്ഥിതി നാശങ്ങളെല്ലാം അദ്വൈതത്തെ സമർത്ഥിക്കുന്ന കാര്യങ്ങളാണ് അല്ലാതെ അദ്വൈതത്തിന് നിഷേധിക്കുന്ന കാര്യങ്ങൾ അതുകൊണ്ട് പ്രപഞ്ചം ഇവിടെ ഉണ്ടായിരുന്നതെന്ന് നശിക്കുന്നു അതുകൊണ്ട് അദ്വൈതമാണോ അദ്വൈതമാണോ എന്ന് ചോദിക്കുന്നതിലർത്ഥമില്ല പ്രപഞ്ചം ഉണ്ടായി നിലനിന്ന് നശിക്കുന്നത് അസത്യമായിട്ടാണെങ്കിൽ പരമാർത്ഥമല്ലാതെയാണെങ്കിൽ അത് അദ്വൈതത്തിന് അനുകൂലം തന്നെ ഈ ആത്മതത്വത്തിൽ മനസ്സോ വികാര വാക്കുകളോ പ്രവൃത്തികളോ എല്ലാം ഉണ്ടായി നിലനിന്ന് നശിക്കും അസത്യമായി സത്യമായിട്ട് ഈ ഒരു കാര്യം മനസ്സിലായാൽ പിന്നെ അദ്വൈതത്തിന് മനസ്സിലാക്കാൻ വരുന്നു അപ്പോ നമ്മുടെ പ്രപഞ്ചത്തിലുള്ള സത്യബോധം ദൃഢമായി അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് സത്യവും അസത്യം ഒന്ന് മാറിയെന്ന് ചിന്തിക്കാൻ കഴിയുന്നില്ല അതാണ് പ്രശ്നം അതുകൊണ്ട് ഇവിടെ പറയുന്ന ഒരാളിന്ന് സംഗീതമുണ്ടായി സംഗീതത്തിലേക്ക് എന്തിനു പോകണം ഒരുവിന്റെ ഉള്ളിൽ നിന്ന് വികാര വിചാരങ്ങൾ വികാര വിചാരങ്ങളെ പിന്തുടർന്നല്ലേ ശബ്ദം വരുന്നത് ശബ്ദത്തിന്റെ മൂല രൂപമാണ് നമ്മുടെ മനസ്സ് മനസ്പന്ദന വികാരങ്ങൾ ഈ വികാര വിചാരങ്ങളെല്ലാം ഉണ്ടായി നശിക്കുന്നത് കൊണ്ട് അവിടെ ദ്വീത സംഭവിക്കുന്നുണ്ടോ എന്നാണ് അത് അജ്ഞന്റെ നിലപാടെന്താണോ അത് തന്റെ ഉള്ളിൽ വികാര ഉണ്ടായി നശിക്കുന്നു താൻ ദ്വൈതമുണ്ട് അത് സത്യമാണ് താനുണ്ട് തന്റെ പ്രപഞ്ചമുണ്ട് തന്റെ ലോകമുണ്ട് ഇതെല്ലാം സത്യമാണ് തത്വജ്ഞന്റെ നിലപാടെന്താണോ അവിടെ വികാര വിചാരങ്ങളെല്ലാം ഉണ്ടായി നശിക്കുന്നുണ്ട് അത് അസത്യമായി പരമാർത്ഥമല്ലാതെ അതെല്ലാം ഉണ്ടായി നശിക്കുന്നു പരമാർത്ഥമല്ലാതെ ഇവിടെ എന്തെങ്കിലും ഉണ്ടാകുകയോ നശിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അതൊന്നും അദ്വൈതത്തെ ബാധിക്കുന്നില്ല അതിനുള്ള പ്രസിദ്ധമായ ഉദാഹരണം പറയുന്ന മരുമരിയുടെ ഉദാഹരണം ഡെജസ് എപ്പ് ഉദാഹരണം ആ ഉദാഹരണങ്ങൾ പറയുന്നെന്താണോ അവിടെ പലതും ഉണ്ടാവുന്നുണ്ട് പക്ഷെ അതൊന്നും അതിന്റെ അധിഷ്ഠാനത്തെ ബാധിക്കുന്നില്ല അതുപോലെ ഒരു തത്വജ്ഞനെ സംബന്ധിച്ചും ഇവിടെ ഈ പ്രപഞ്ചം നിലനിൽക്കുന്നതുകൊണ്ടോ ഉണ്ടാകുന്നുണ്ടോ നശിക്കുന്നുണ്ടോ അതുപോലെ തന്റെ അന്ധകരണം ഉണ്ടായി നിലതൊന്നും നശിക്കുന്നത് കൊണ്ടൊന്നും അവിടെ തന്നെ ബാധിക്കുന്നില്ല തന്റെ അചഞ്ചനമായ അികാരമായ സ്ഥിതിയെ ഈ വികാരങ്ങളൊന്നും ബാധിക്കുന്നില്ല എന്തുകൊണ്ടിതൊന്നും പരമാർത്ഥമല്ല പരമാർത്ഥമായിട്ടുള്ള എന്താണ് താൻ അതാണ് അത് നമുക്ക് കടനം തെരയുമെന്ന പോലെയോ മൃത്തും ഉപമിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നൂറുകണക്കിന് ദൃഷ്ടാന്തങ്ങൾ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് അവിടെ ഒരു ചോദ്യത്തിന്റെ ഉത്തരം മനസ്സിലാക്കിയാൽ മാത്രം മതി ഉണ്ടാകുന്നു നശിക്കുന്നോ എന്നല്ല ഇത് സത്യമായി ഉണ്ടായി നശിക്കുന്നു അത് അസത്യമായി ഉണ്ടായി നശിക്കുന്നു ഇതെല്ലാം സത്യമായി ഉണ്ടായി നശിക്കുന്നു പറഞ്ഞാൽ അത് ദ്വൈതം ഇതെല്ലാം അസത്യമായി ഉണ്ടായി നശിക്കുന്നു എന്ന് പറഞ്ഞാൽ അദ്വൈതം ഇത്രയും മനസ്സിലാക്കാനുള്ളൂ അത് മനനം ചെയ്ത് മനസ്സിലാക്കേണ്ട കാര്യം ദ്വൈതത്തിലാണെങ്കിൽ നമുക്ക് സംശയിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അദ്വൈതത്തിൽ വാസ്തവത്തിൽ സംശയിക്കേണ്ട കാര്യങ്ങളൊന്നും സംശയങ്ങളെല്ലാം അദ്വൈതത്തിലുണ്ട് കാരണം അദ്വൈതത്തിന്റെ അടിസ്ഥാനമായ തത്വം വളരെ ലളിതമാണ് നമ്മുടെ മനസ്സ് ദുർഗ്രഹമായതുകൊണ്ടാണ് ഈ തത്വം നമുക്ക് ദുർഗ്രഹമായി അനുഭവപ്പെടുന്നത് അടിസ്ഥാന തത്വത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും ലളിതമായ ആശയമാണ് മനസ് ദുർഗ്രഹമായി കഴിയുമ്പോൾ വിഷയവും ദുർഗ്രഹമായി പോകും അതിനനുസരിച്ച് നമ്മൾ വിശദീകരിക്കുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ ദുർഗ്രഹമായി വരും അനായാസമായി തെരയിക്കാൻ മനസ്സ് തയ്യാറല്ലെങ്കിലും സ്വാഭാവികമായിട്ടും മനസ്സിൽ ദുർഗ്രഹത കൂടി വരുന്നു അത്രേ ഉള്ളൂ അടുത്ത് മുപ്പത്തിരണ്ടാമത്തെ കാര്യ ഭാഷകാരം പറയുന്നു കഥം പിന്നൊരമിനീഭാവം ഇവിടെ പറയുന്നൊരു അമിനീഭാവത്തെക്കുറിച്ചാണ് കഴിഞ്ഞ കായിക വ്യാഖ്യാനത്തിന് അമിനീഭാവത്തെക്കുറിച്ചാണ് പറയുന്നത് എങ്ങനെ അത് സംഭവിക്കുന്നു പറഞ്ഞതാണെന്നാണ് കൂടുതൽ അതിനെക്കുറിച്ച് ചോദിക്കുന്നു ആത്മീയസത്യം ആത്മസത്യവും മൃത്യകത്ത് ആത്മസത്യത്തെ ബോധിക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ പറയുന്നു ആത്മീവ സത്യം നമ്മൾ നിലനിൽക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ചിന്തിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം പ്രപഞ്ച സത്യത്തിന്റെ തലത്തിലാണ് പ്രപഞ്ചസത്യത്വബോധം നമ്മുടെ മനസ്സിൽ ദൃഢമായിരിക്കുകയാണ് മനസ്സിനെ തന്നെ സത്യമായിഗ്രഹിക്കുന്നു ആ മനസ്സ് തന്നെ ബാക്കി സർവത്തെയും പരമാർത്ഥമായി ആഗ്രഹിക്കുന്നു അവിടെ ലേശം പോലും സംശയമില്ലാഗ്രഹിക്കുന്നു സത്യമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വാസ്തവത്തിൽ മനസ്സ് സത്യത്തെ തന്നെയാണ് ഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് പ്രപഞ്ചത്തിലൂടെ ആത്മസത്യത്തെയാണ് ഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ ചെറിയൊരു ദിശമാണ് പറ്റിയിരിക്കുന്നത് പ്രപഞ്ച സത്യത്തെ ഗ്രഹിക്കുന്നതിന് ദോഷമൊന്നും ഈ പ്രപഞ്ചസത്യം നമ്മൾ ഗ്രഹിക്കുന്നത് വാസ്തവത്തിൽ എന്താണ് ആത്മസത്യത്തെയാണ് ഗ്രഹിക്കുന്നത് ആത്മസത്യത്തെ പ്രപഞ്ചത്തിലേക്ക് ആരോപിച്ചിട്ട് ഗ്രഹിക്കുന്നു മരുമരീചിക നമുക്ക് സത്യമായി തോന്നുന്ന എന്താണ് അവിടെ കാണുന്ന പ്രപഞ്ചവും മറ്റും വാസ്തവത്തിൽ അവിടെ കാണുന്ന പ്രകാശവും മറ്റും വാസ്തവത്തിലുള്ളത് തന്നെ ആ പ്രകാശത്തിലുണ്ടായ ഒരു വിഭ്രാന്തി അത് സത്യമാണെന്ന് കരുതേണ്ട കാര്യമില്ല പക്ഷേ ആ പ്രകാശത്തിനുള്ള ആ സത്യം സത്യത്വം അതിനാ പ്രതീതിയിലേക്ക് ആരോപിക്കുക ആ വിഭ്രമത്തിലേക്ക് ആരോപിക്കുക എന്നിട്ട് പറയുന്നു അവിടെ കാണുന്ന ജലം ഭ്രമാത്മകമായി അനുഭവപ്പെടുന്ന ജലം സത്യമാണെന്ന് ധരിച്ചു പോവുകയാണ് അതിന്റെ വാസ്തവസ്ഥിതി ബോധ്യം വന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ജലത്തിന്റെ ഭ്രമാത്മകമായ പ്രതീതി അത് അനുഭവിച്ചുകൊണ്ടിരുന്നാലും അതിലൊരിക്കലും സത്യത്വ ബുദ്ധി വരുന്നില്ല അയാൾ വ്യക്തമായും ധരിക്കുന്നെന്താണോ അവിടെ പ്രകാശം മാത്രമാണ് സത്യം അതുപോലെ ആത്മ ഏവ സത്യം ഈ കാണുന്ന കാഴ്ചയിലെല്ലാം സത്യബുദ്ധി ഉണ്ടെങ്കിലും ആ സത്യം ആത്മാവിന്റെ സത്യമാണോ ആത്മസ്വരൂപമായ സത്യം നാനാവസ്തുക്കളിലൂടെ പ്രവാ പ്രപഞ്ചിക്കുകയാണ് നാമരൂപങ്ങളിലൂടെ പ്രകാശിക്കുന്നു ഇത്രയും മനസ്സിലാക്കിയാൽ മതി ആത്മീവസത്യം എന്ന് പറയുന്നത് തത്വജ്ഞന്റെ അനുഭവം അതാണ് ഒരു പ്രകാശം പല ഉപാധികളിലൂടെ പ്രകാശിക്കുന്നു എല്ലാ ഉപാധികളിലൂടെ പ്രകാശിച്ചാലും അത് വാസ്തവത്തിൽ ഇന്ന പ്രകാശമാണെന്ന് തിരിച്ചറിയുന്നത് സൂര്യന്റെ പ്രകാശം പല ഉപാധികളിലൂടെ ജലാശയങ്ങളിലൂടെ പ്രകാശിക്കും രൂപത്തിൽ അനുഭവപ്പെടും അതെല്ലാം സൂര്യന്റെ പ്രകാശം തന്നെയാണ് അല്ലാതെ ഒരിക്കലും ആകാശമധ്യത്തിൽ നിന്നും സൂര്യൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നില്ല എന്ന് തിരിച്ചറിയുന്നതിന് ആയാസപ്പെടേണ്ട കാര്യമില്ല മറിച്ചറിയുന്നവരാണ് ബാലന്മാരാണ് വിവേകശൂന്യന്മാരായ കുട്ടികൾ ജലാശയത്തിൽ നോക്കിയിട്ട് പറയുന്നതാണ് ഈ ദാസൂര്യൻ ഇവിടെ നിൽക്കുന്നതെന്ന് പറയും അത് കേവലം ബാലബുദ്ധിയാണ് അത്രയൊരു ബാലബുദ്ധിയിലാണ് ഇവിടെ പ്രപഞ്ചത്തിൽ പ്രപഞ്ചമാണ് സത്യമെന്ന് അനുഭവപ്പെടുന്നത് മറിച്ച് പ്രപഞ്ചത്തിൽ അനുഭവപ്പെടുന്ന ഈ സത്യത്വം ആത്മസത്വമാണ് ആത്മപ്രകാശമാണെന്ന് അറിയുന്നതിന് ഈ ബാലാവസ്ഥ അതാണ് ആത്മീക സത്യം ആത്മസത്യം മൃതികാവ് ദൃഷ്ടാന്തം പറയും ഈ ദൃഷ്ടാന്തങ്ങളെല്ലാം ഈ തത്വത്തെ വളരെ അനായാസമായി ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ദൃഷ്ടാന്തങ്ങളാണ് മൃത്തിക പോലെ മൃത്യയും ഫടവും പോലെ അതിന് സത്യത്വം ഗ്രഹിക്കുന്നതിന് ആയാസമില്ല അനായാസമായിരിക്കാൻ പറ്റും പക്ഷേ നമ്മുടെ ബുദ്ധി മനസ്സ് ആ സത്യബോധത്തെ ചെറുക്കും ചെറുക്കുകയും അതിനെതിരായിട്ടുള്ള യുക്തികളെ അവതരിപ്പിക്കുകയും ചെയ്യുമ്പോൾ ശാസ്ത്രം ദുർഗ്രഹമായി പോകും അപ്പോൾ അതിനെ നേരിടുന്നതിന് ശാസ്ത്രമെന്റേയും കൃത്രിമമായ യുക്തികളെ അവലംബിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ എന്റെയും ബുദ്ധിമങ്ങിക്കും കാര്യങ്ങൾ വ്യക്തമല്ലാതെ മറിച്ചാണെങ്കിലോ ഇത് അനായാസമായി ബോധിക്കാമെന്നുള്ള കാര്യമാണ് ആത്മീയസത്യം ആത്മസത്യവും മൃത്തികാവ മൃത്തികയെ പോലെ ശ്രുതി തന്നെ പറയുന്നു ഉപാചാരം വികാരവും നമധേയവും മൃത്തികെ ദൈവസത്യം ഇതി ശ്രുതി ശ്രുതിയെ തന്നെ ഉദ്ധരിക്കുന്നത് അദ്വൈതത്തിൽ രണ്ട് രീതിയിലാണ് ഒന്നും മുഖ്യമായി ശ്രുതിയെ അവതരിപ്പിക്കും അത് കഴിഞ്ഞ് യുക്തിയെ ശ്രുതിയെ അവതരിപ്പിക്കുന്നതിന്റെ ഉദ്ദേശം ഒന്നാണത് അനായാസമായി ഏറ്റവും ഗ്രഹിക്കാൻ വേണ്ടിയാണ് ശ്രുതി അതിനെ വ്യക്തമായി വെളിപ്പെടുത്തുന്നു പക്ഷെ അതിനെ യുക്തി വിസമ്മതിക്കും ഗ്രഹിക്കാം അങ്ങനെ വരുമ്പോഴാണ് ഇതിനെ യുക്തിയെ ആശ്രയിക്കുന്നത് അവിടെ മുതൽ ഇതിന്റെ ദുർഗ്രഹത ആരംഭിക്കുകയും ചെയ്യും ആ കേവലം യുക്തിയിലൂടെ തന്നെ നിങ്ങൾ ഇതിനെ ബോധ്യപ്പെടാതെ ആശ്രമിക്കുകയാണ് നമ്മുടെ മനസ്സ് ശ്രുതിക്ക് കീഴടങ്ങുന്നില്ല യുക്തിയെ തന്നെ പ്രബലമായ യുക്തിയെ തന്നെ നമ്മൾ ആശ്രയിക്കുകയാണെങ്കിൽ ഏഷ മതി മതി എന്നു എളുപ്പം കിട്ടത്തില്ല ഈ ബോധമുള്ളിൽ പ്രകാശിക്കത്തില്ല എന്നാണ് ശ്രുതി എന്ന് പറയുന്നത് പക്ഷെ നമ്മൾ യുക്തി ആശ്രയിക്കും യുക്തിക്ക് ഇതിനെങ്ങനെ ബോധ്യപ്പെടുത്താം യുക്തി അതീതമായിരിക്കുന്ന സത്യത്തെ യുക്തിക്ക് എങ്ങനെ ബോധ്യപ്പെടുത്താം എന്ന് നമ്മൾ ആലോചിക്കും യുക്തി കൊണ്ട് ആലോചിക്കും അവിടെയാണ് തകരാറ് അതറിനെ കൂടെ ആവശ്യം മലച്ച തസ്യ ശാസ്ത്ര ആചാര്യ ഉപദേശം അന്വബോധം അതാണ് പറയുന്നത് ആത്മസത്യ അനുബോധേന ആത്മസത്യ അന്വബോധം അതിനെക്കുറിച്ചാണ് പറയുന്നത് അവബോധം എങ്ങനെയുണ്ടാവും ആത്മീയ സത്യം ഇത്രയും പറയാനാണ് ശ്രദ്ധിക്കുക ആത്മാവ് മാത്രം സത്യം അല്ലെങ്കിൽ എന്തെല്ലാം നിങ്ങൾ സത്യമായി ബോധിക്കുന്നുണ്ടോ അതെല്ലാം ആത്മാവ് തന്നെ രണ്ടു തരത്തിലും പറയാം അന്യ രീതിയിലും വ്യതിരേക നമ്മൾ എന്തിനാണ് സത്യമായി കാണുന്നത് നമ്മൾ കാണുന്നതെല്ലാം സത്യമായി കാണുകയാണ് ഇവിടെ ആത്മാവിനെ അല്ലാതെ മറ്റൊന്നിനെയും സത്യമായി കാണാൻ അപ്പം നിങ്ങൾ സത്യമായി കാണുന്ന നിങ്ങളുടെ ഈ അനുഭവം ആത്മാനുഭവം തന്നെ പക്ഷെ ഇവിടെ എന്താണ് സത്യമായിരിക്കുന്നത് ആത്മാവ് എന്നറിഞ്ഞാ അപ്പൊ പിന്നെ ഒന്നിനും നിഷേധിക്കേണ്ട ആവശ്യം വരുന്നു ഒരേ ആത്മസത്യം തന്നെ ഇവിടെ നാമരൂപമായി പ്രകാശിക്കുന്നു എന്നറിഞ്ഞ പിന്നെ നിഷേധിക്കാനെന്താ നിഷേധിക്കാനൊന്നും ഇല്ലല്ലോ രണ്ടാമതൊന്നുണ്ടെങ്കിലും നിഷേധിക്കേണ്ട ആവശ്യം വരുന്നു ഇവിടെ രണ്ടാമതൊന്നുമില്ല നിഷേധിക്കുക പരമാർത്ഥ ബോധത്തിലും എല്ലാം അഭേദമായി അടങ്ങിയിരിക്കുകയാണ് നിഷേധിക്കാൻ ശ്രുതി അത് ബോധിപ്പിക്കുന്നു അതിന് ശാസ്ത്ര ആചാര്യ ഉപദേശം ശ്രുതി ആചാര്യനിലൂടെയാണ് കടന്നുവരുന്നത് അതാണ് ശാസ്ത്ര ആചാര്യ ഉപദേശം ഉപദേശത്തെ പിന്തുടർന്ന് വരുന്ന അന്വബോധം സാക്ഷാത്കാരം ഉപദേശത്തെ പിന്തുടർന്ന് സാക്ഷാത്കാരം വരും അതല്ലാതെ സാക്ഷാത്കാരം സാധ്യമല്ല അനുഭൂതി എന്ന് പറയുന്നത് ഉപദേശത്തെ തുടർന്നേ ഉണ്ടാകത്തുള്ളൂ അല്ലാതെ ഈ സത്യാനുഭൂതി ഉണ്ടാകത്തില്ല അതുകൊണ്ടാണ് രണ്ടിനെയും പറയുന്നത് ശാസ്ത്രത്തെയും ആചാര്യനെയും ശാസ്ത്രം എന്ന് പറയുന്ന നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് ശബ്ദാത്മകമാണ് ശബ്ദത്തെ നമ്മൾ സാധാരണഗതിയിൽ ചിന്തിച്ചത് ജഡമാണ് ഏത് പരവുമായ സത്യത്തെ ബോധിപ്പിക്കുന്ന ശബ്ദമായാലും ശരി അത് കേവലം ജഡമാണ് അപ്പൊ ജഡമായിരിക്കുന്ന ആ ശബ്ദത്തിന് ശ്രുതിക്ക് ഒരു ജീവനൽ ചൈതന്യവത്തായ ജീവനന്റെ ആത്മബോധത്തെ നേരിട്ട് പ്രകാശിപ്പിക്കാൻ കഴിയും അത് ചൈതന്യമാകുന്ന ഉപാധിയിലൂടെ വരണം അതാണ് ആചാര്യ ചൈതന്യവത്തായ ഉപാധിയിലൂടെ കിടന്നു വരുന്നു ജഡം ചൈതന്യത്തിലേക്ക് പ്രവേശിച്ചാലോ അതും ചൈതന്യമായ തീരും പിന്നെ അതിനെ ചിത്ത് ജഡ് വേർതിരിക്കാൻ കഴിയാത്ത രീതിയിൽ ഒന്നായിത്തീരും അഭേദമായി തീരും അഭിന്നമായി തീരും ചൈതന്യത്തിനുള്ളത് താതാമ്യപ്പെടും അങ്ങനെ താതാമ്യപ്പെട്ടുകഴിഞ്ഞാൽ ശാസ്ത്രവും ആചാര്യനും രണ്ടല്ല ഒന്ന് തന്നെയാണ് ശാസ്ത്രം മേരെ ആചാര്യന്മേറെ എന്ന് രണ്ടായി പറയാൻ പറ്റത്തില്ല അതുകൊണ്ടുതന്നെ ആചാര്യസ്വാമികൾ പറയുന്നിടത്തെല്ലാം ശാസ്ത്രാചാര്യ ചേർത്ത് പറയുന്നു അഭേദമായി തീരും അതിന്റെ ഉപദേശം അതെല്ലാം നമ്മൾ മുമ്പ് വിശദമായി ചർച്ച ചെയ്താണ് ആചാര്യ ബോധനം അതാണ് ഉപദേശം ആ പരമാർത്ഥബോധനം അതിലൂടെ വരുന്ന അന്വബോധം അതാണ് ആത്മസത്യ അനുബോധം സാക്ഷാത്കാരം ആ സാക്ഷാത്കാരത്തിൽ എന്ന് വരുന്ന എന്ത് സംഭവിക്കുന്നു തേന സങ്കൽപ്യഭാവത്തയസങ്കൽപ്യതെ അവിടെ സങ്കല്പ നിവൃത്തി വരുന്നു എന്നാണ് എന്തുകൊണ്ട് സങ്കല്പ്യങ്ങൾ അവിടെ ഇല്ല സങ്കല്പ്യം എന്ന് വെച്ചാൽ സങ്കല്പത്തിന് വിഷയമായിരിക്കുന്ന നാമരൂപങ്ങൾ അവിടെ സത്യമായി നിലനിൽക്കുന്നുണ്ട് അതാണ് സങ്കല്പ്യമില്ല അതുകൊണ്ട് സങ്കൽപ്പ നിവൃത്തി സംഭവിക്കുന്നു ൽ ഗുരുപദേശം കൊണ്ട് ശ്രോതാവിൽ സങ്കല്പ നിവൃത്തി സംഭവിക്കുന്നു എന്നാണ് അദ്വൈത രീതി അനുസരിച്ച് മനസ്സിലാക്കും സങ്കല്പ നിവൃത്തി കഴിഞ്ഞാൽ ഗുരു എങ്ങനെ ഉപദേശിച്ചു ശിശുവിനെന്നുള്ള സങ്കല്പമില്ലാതെ അജ്ഞനായ ശിഷ്യനെ കാണാതെ ഗുരുവെങ്ങനെ ഉപദേശിക്കും ശാസ്ത്രം തന്നെ എങ്ങനെ ഗുരുവിൽ നിന്ന് സങ്കല്പ ഉപദേശം തന്നെ ഒരു സങ്കല്പമാണ് ഇവിടെ സങ്കല്പ നിവൃത്തി എന്ന് പറയുന്നത് എന്താണ് മനസ്സിന്റെ നിവൃത്തി മനസ്സിന്റെ നിവൃത്തി എന്ന് പറയുന്നത് മനസ്സിന്റെ ഈ വ്യാവഹാരിക ഭാവം നിവർത്തിക്കുന്നു അതേ ഉള്ളൂ മനസ്സിന്റെ അദ്വൈതത്തിൽ മനസ്സിന്റെ നിവൃത്തി എന്ന് പറഞ്ഞ നിങ്ങൾക്കൊരു അഭ്യാസത്തെ കൊണ്ട് ഈ മനസ്സിനെ നിരോധിച്ച് അതിനെ നിഷ്പന്ദമാക്കി വയ്ക്കാം അല്ലെങ്കിൽ ഈശ്വര സങ്കല്പമനുസരിച്ച് മനസ്സ് വിലയിച്ച് സുഹൃത്ത അവസ്ഥയിലിരിക്കാം രണ്ടിനെ കുറിച്ച് അടുത്ത് പറയും അതൊന്നുമല്ല ഇവിടെ പറയുന്ന സങ്കല്പം നിവൃത്തി മനോ മനസ്സിന്റെ വ്യാവഹാരിക ഭാവം എന്താണ് മനസ്സ് സ്വയം തന്നെ സത്യമായി കരുതി തുടർന്ന് പ്രപഞ്ചത്തിൽ സത്യബോധത്തെ ഉണ്ടാക്കുന്നതാണ് മനസ്സിന്റെ വ്യാവഹാരിക ഭാവം മനസ്സ് ഈ പ്രപഞ്ചത്തെ സത്യമായി ബോധിപ്പിക്കുന്ന കാരണം മനസ്സ് സ്വയം തന്നെ തന്നെ സത്യമായി കരുതുന്നു താനിങ്ങനെ എന്നും നിലനിൽക്കുന്നതാണെന്ന് കരുതുന്നു മനസ്സ് ഒരു മനസ്സും അങ്ങനെ കരുതാറില്ല എന്നാണ് ഈ മനസ്സ് പരമാർത്ഥമല്ല എന്ന് കരുതാറില്ല സ്വയം തന്നെ പരമാർത്ഥമായി കരുതുന്നു നാമരൂപാത്മകമായി ആ മനസ്സിന് വെളിപ്പെടുന്നതിലെല്ലാം സത്യബുദ്ധി ഇതെല്ലാം സത്യമാണ് നിങ്ങളുടെ ഇതാണ് മനസ്സിന്റെ വ്യാവഹാരികമായ നില അടുത്ത ഭാഷകാരന് വ്യക്തമായി പറയും ആ വ്യാവഹാരികമായ നിലയിൽ നിന്നും മനസ്സ് മാറുക എന്ന് പറഞ്ഞാൽ മനസ്സ് അതിന്റെ പാരമാർത്ഥിക ഭാവത്തിൽ എത്തിക്കുകയില്ല അത് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്ത മനസ്സ് വ്യാവഹാരികമായ നിലയിലേക്ക് ഉണർന്നു വന്നാൽ അതാണ് മനസ്സിന്റെ സ്പന്ദനം എന്ന് പറയുന്നത് നമുക്ക് പ്രപഞ്ചം സത്യമായി അനുഭവപ്പെടുന്നു മനസ്സതിന്റെ പാരമാർത്ഥികമായ നിലയിൽ നിന്ന് കഴിഞ്ഞാൽ പ്രപഞ്ചത്തിൽ സത്യബോധം മാറുന്നു അതേസമയം സത്യബോധം നിലനിൽക്കും സത്യബോധത്തിൽ പ്രപഞ്ചം നിലനിൽക്കുന്നതുകൊണ്ട് ദോഷമില്ല പ്രപഞ്ചത്തിൽ സത്യബോധം വരാതിരുന്നാൽ മതി തത്വജ്ഞൻ എന്ത് ചെയ്യുന്നു തന്റെ സത്യബോധത്തിൽ പ്രപഞ്ചത്തെ കാണുന്നു മരുമരീചിക പോലെ പ്രകാശമാണെന്നുള്ള ബോധത്തിൽ അവിടെ ജലത്തെ കാണുന്നു ആണ് തത്വജ്ഞന്റെ അവസ്ഥ ജലത്തെ സത്യമായി കാണുന്നു നാമരൂപാത്മകമായിരിക്കുന്ന ഈ പ്രപഞ്ചം പരമാർത്ഥത്തിൽ സ്ഥിതി ചെയ്യുന്നുവെന്ന് കാണുന്നു തന്നിൽ സ്ഥിതി ചെയ്യുന്നുവെന്ന് കാണുന്നു അങ്ങനെ കാണുന്നവനെ സംബന്ധിച്ചിടത്തോളം പ്രപഞ്ചത്തെ സംബന്ധിച്ചുള്ള സത്യസങ്കല്പങ്ങൾ ഇല്ല തിരിച്ച് പ്രപഞ്ചമാണ് സത്യം എന്നുള്ള അതാണ് ഇവിടെ സങ്കല്പ്യമായിരിക്കുന്നത് അതിന്റെ നിവൃത്തിയാണ് ഇവിടെ ആഗ്രഹിക്കുന്നത് അതാണ് എന്നെ സങ്കല്പ നമ്മൾ കരുതുന്നത് പോലെ ആത്മബോധം എന്ന് പറഞ്ഞാൽ ബോധം നശിക്കലല്ല പ്രപഞ്ചബോധം നശിക്കലല്ല ബോധം നശിക്കുന്നതിന് ആത്മബോധം വേണ്ട ഉറങ്ങിയാൽ ഉറപ്പ ഗുണികഴിച്ചാലും ബോധം നശിക്കും അതുകൊണ്ട് ആത്മബോധമാകത്തില്ല ആത്മബോധത്തിൽ പ്രപഞ്ചം ആത്മാവിൽ തന്നെ പ്രവാസിക്കും അവിടെ ഏകമായ സത്യബോധത്തിൽ പ്രപഞ്ചം പരമാർത്ഥമല്ലാതെ പ്രതീതമാകുന്നു സത്യമല്ലാതെ പ്രതീതമാകുന്നു അതുകൊണ്ടവിടെ പ്രപഞ്ചം സങ്കല്പ്യമല്ല എന്ന് നമ്മൾ കരുതുന്ന രീതിയിൽ അത് സങ്കല്പ്യമല്ല ഓരോ നാമരൂപങ്ങളും സങ്കല്പ്യങ്ങളായിരുന്നു അതുകൊണ്ടെന്തുവരും ഇവിടെ നാനാർത്ഥബോധം നിലനിൽക്കുന്നു നാനാത്വബോധം നിലനിൽക്കുന്നത്തെ സങ്കല്പ്യങ്ങളും തത്വഞ്ഞൻ എന്താണ് ഏകത്വബോധമാണ് നമ്മൾ പറഞ്ഞല്ലോ വാസുദേവ സർവമിതി വാസുദേവ സർവമിധി എന്നുള്ള ബോധത്തിൽ ബോധം നശിക്കുന്നില്ല സങ്കല്പങ്ങൾ അവിടെ നശിക്കുന്നില്ല നമ്മൾ ധരിക്കുന്നത് സങ്കല്പം അവിടെ നിൽക്കുന്നു ഇല്ലെങ്കിൽ പിന്നെ വാസുദേവ സർവമിതി എന്നെങ്ങനെ പറയാൻ പറ്റും എങ്ങനെ ശിഷ്യനെ ബോധിപ്പിക്കാൻ പറ്റും ആ ബോധം അവിടെ നിലനിൽക്കുന്നുണ്ട് പക്ഷേ അജ്ഞന്റെ സങ്കല്പങ്ങൾ അവിടെ ഇല്ല അതിനാണ് ഇവിടെ നിഷേധിക്കുന്നത് അതിനി വരുന്ന ഭാഷയത്തിലത് വീണ്ടും വ്യക്തമാകും ഇവിടെ ബോധനാശത്തെയല്ല നമ്മൾ ധരിക്കുന്ന തരത്തിലുള്ള സങ്കല്പനാശത്തെയല്ല ഇവിടെ സമാധി എന്ന് പറയുന്നത് നമ്മൾ ഊഹിക്കുന്ന തരത്തിലുള്ള മനോനാശത്തെയല്ല സമാധി എന്ന് പറയുന്നത് അവിടെ സമാധി പ്രജ്ഞയിൽ ആ പ്രജ്ഞയ്ക്ക് എന്തിനേയും ഉൾക്കൊള്ളാൻ കഴിയും ഈ പ്രപഞ്ചത്തെ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഈരേഴ് പതിനാല് ലോകങ്ങളെയും ആ പ്രജ്ഞയിലേക്ക് നിലനിർത്താൻ കഴിയും പക്ഷെ അസത്യമായിട്ട് ആരോപിതമായി കൽപ്പിതമായി അത് നിലനിൽക്കും അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് തന്നെ എന്ത് വരുന്നു അവിടെ സങ്കല്പ്യങ്ങളെല്ലാം അവിടെ ഏകത്വബോധമെന്ന് പറയുന്നതാണ് നാനാത്വബോധത്തിന് നേരെ വിപരീതമായി വരുന്ന ഏകത്വബോധം നാനാത്വബോധത്തിൽ സങ്കല്പ്യങ്ങളുണ്ട് ഏകത്വബോധത്തിൽ സങ്കല്പ്യങ്ങളില്ല പക്ഷെ ബോധമുണ്ട് അതുകൊണ്ടാണ് തത്വജ്ഞനും വ്യവഹരിക്കാൻ കഴിയും ഗുരു ശിഷ്യ ഭേദം വരുന്നത് ഗുരു ശിഷ്യന് ഉപദേശിക്കുന്നത് ഗുരു രോഗസംഗ്രഹ പ്രവൃത്തികൾ ചെയ്യുന്നതല്ല അതജ്ഞന് ഞാനും കൂടാതെ മനസ്സിലാക്കാൻ സാധ്യമല്ല അത് അന്ധനോട് സൂര്യനെക്കുറിച്ച് പ്രസംഗിക്കുന്നത് പോലെയാണ് വെളിച്ചം കിട്ടത്തില്ല പ്രസംഗം മാത്രം ശേഷിക്കൂ അതാണ് പറയുന്നത് തേനു സങ്കല്പ്യ അഭാവാ ആത്മബോധത്തിൽ ആത്മാനുഭൂതിയിൽ സങ്കല്പ്യങ്ങളില്ലാത്തുകൊണ്ട് നാം വികൽപ്യതേ അവിടെ സങ്കല്പ നിവൃത്തി സംഭവിക്കുന്നു ഇവിടെ പറയുന്ന ഈ പരമമായ നിലയിൽ വാസ്തവ അനുഭൂതിയിൽ എങ്ങനെ പ്രപഞ്ച വ്യവഹാരം സാധ്യമാകും എന്നുള്ളൊരു സമാധാനമാണ് നമ്മൾ പറഞ്ഞത് ഈ അനുഭവം പ്രപഞ്ചവ്യവഹാരത്തെ ബാധിക്കുന്നില്ല എന്നാണ് എന്റെ ചുരുക്കം ആത്മാനുഭവം അതുകൊണ്ടാണ് ഗുരുപരമ്പരയും ശാസ്ത്രപരമ്പരയും സമ്പ്രദായ പരമ്പരയും എല്ലാം നിലനിൽക്കുന്നത് ഈ ആത്മാനുഭവം പ്രപഞ്ചബോധത്തെ ബാധിച്ചു കഴിഞ്ഞാൽ നമ്മളുദ്ദേശിക്കുന്നതായിരുന്നു മനസ്സിനവിടെ അവസാനം വന്നുകഴിഞ്ഞാൽ പിന്നീട് ബന്ധ മോക്ഷ വ്യവഹാരങ്ങളെല്ലാം ഇല്ലാതെ ബന്ധം മോക്ഷം എന്ന് പറയാനും ഇല്ലാതെ മഹാത്മാക്കളെല്ലാം ബന്ധമോക്ഷങ്ങളെക്കുറിച്ച് പറയുന്നു അവര് ഉപകരിക്കുന്നു ഇപ്പോൾ സങ്കല്പ എന്ന് പറയുന്നതിന്റെ താൽപ്പര്യം നമ്മൾ ധരിക്കുന്ന രീതിയിലുണ്ട് പറഞ്ഞാൽ നമ്മൾ ധരിക്കുന്ന രീതിയിൽ സങ്കല്പങ്ങൾ നിലനിൽക്കെ തന്നെ അവിടെ സങ്കല്പ നിവൃത്തിയും സംഭവിച്ചിരിക്കുന്നു എന്ന് ചുരുക്കം ദാഹ്യാഭാവേ ജ്വലനമിവ സങ്കല്പ നിവൃത്തിയെ കുറിച്ച് പറയണം അഗ്നി എന്തുകൊണ്ടിവിടെ സങ്കല്പ നിവൃത്തിക്ക് ഉദാഹരണം പറയണം അതിന്റെ ഒരു ഭാഗത്തേക്കുള്ള ഉദാഹരണമാണോ പൂർണ്ണമായ ഒരു ഉദാഹരണം ഒരു അംശത്തെ ഗ്രഹിക്കാൻ വേണ്ടി പറയണം നമ്മെ സംബന്ധിച്ച് അജ്ഞനെ സംബന്ധിച്ചിടത്തോളം പ്രപഞ്ചത്തെ സംബന്ധിച്ചുള്ള സത്യസങ്കല്പങ്ങളിലെ വ്യവഹാരമാണ് പ്രപഞ്ചത്തെ സത്യമായി സങ്കല്പിച്ചുകൊണ്ടാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും പ്രപഞ്ചമെന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നാമരൂപങ്ങളെല്ലാം സത്യമായി സങ്കല്പിക്കുന്നു ഇതിന് കാരണമായിരിക്കുന്ന എന്താണോ അജ്ഞാനം എന്ന് പറയുന്ന ഇന്ധനം നമ്മുടെ ഈ സങ്കല്പങ്ങളോ ആ അജ്ഞാനമാകുന്ന ഇന്ധനത്തെ ആശ്രയിച്ച് നിൽക്കുന്ന പ്രകാശമാണ് നമ്മുടെ സങ്കല്പങ്ങൾ അജ്ഞാനം എന്ന് പറയുന്ന ഇന്ധനമില്ലെങ്കിൽ നമ്മുടെ സങ്കല്പങ്ങളാകുന്ന സത്യസങ്കല്പങ്ങളാകുന്ന ഈ പ്രകാശത്തിന് ജ്വലിക്കാൻ കഴിയുന്നത് അതാണ് ദാഹ്യമെന്ന് പറയുന്നത് ഇന്ധന ദാഹ്യം എന്ന് പറഞ്ഞാൽ ഇന്ധനം ദഹിപ്പിക്കുന്നത് ഈ സങ്കല്പങ്ങൾ ഇല്ലാതിരിക്കുക എന്ന ബോധം നിലനിൽക്കുക ഇതൊന്നും നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല നമ്മുടെ ഈ നാമരൂപാനുഭവങ്ങൾ നിലച്ചാലും വീണ്ടും ബോധം പ്രകാശിക്കുകയും വീണ്ടും വ്യവഹാരം തുടരുകയും ചെയ്യുക ഇതിനൊക്കെ എന്താ യുക്തി നിയോജിച്ചാൽ അന്ന് യുക്തിയുടെ വിഷയമില്ല ഇതിനെക്കുറിച്ച് പറയുന്നത് തന്നെ അസംബന്ധം പറയുന്നത് കാരണം പറച്ചിലൂടെ ഇത് വെളിപ്പെടുന്നു വാചാടോപും ഭാഷ്യക്കാരന്റെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞു പക്ഷെ അത് പരമാർത്ഥമാണ് സത്യമാണ് അഗ്നി അതിന്റെ ദാഹ്യവുമായിരിക്കുന്ന ഇന്ധനത്തെ ദയിപ്പിച്ചുകൊണ്ടേയിരുന്നു എത്ര കാലം ദയിപ്പിക്കുന്നു അത്രയും കാലം ആ അഗ്നി ജ്വലിച്ചുകൊണ്ടോ ഇരിക്കുന്നു പ്രകാശിച്ചുകൊണ്ടിരിക്കും ഏത് നിമിഷമാണോ ആ ദാഹ്യം ഇന്ധനം അവസാനിക്കുന്നത് പിന്നെ അഗ്നിന്റെ അവിടെ അതുപോലെ നമ്മുടെ ഈ സങ്കല്പം ഇത് അജ്ഞാനമാകുന്ന ഇന്ധനത്തെ ആശ്രയിച്ച് ജലിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സങ്കല്പങ്ങൾ ഈ സങ്കല്പത്തിലാണ് നമ്മൾക്ക് പ്രപഞ്ചം പ്രതീതമായിക്കൊണ്ടിരിക്കുന്നത് സത്യമായ പ്രപഞ്ചം അതീ സങ്കല്പങ്ങളാണ് പ്രകടമാക്കുന്നത് സത്യപ്രപഞ്ചത്തെ നാം രൂപാത്മകമായിരിക്കുന്നു ഇതിനാധാരമായിരിക്കുന്ന ഈ അജ്ഞാന ഇന്ധനം അവിടെ കഴിഞ്ഞാൽ പിന്നെ ഈ നാമരൂപാത്മകമായിരിക്കുന്ന ഈ സത്യപ്രപഞ്ചം അത് അപ്രത്യക്ഷമാകും ഈ പ്രകാശമില്ലെങ്കിൽ പ്രകാശവുമില്ല ഇന്ധനമേ ഇല്ല അവിടെ പ്രകാശിപ്പിക്കാനൊന്നുമില്ല പിന്നെ എങ്ങനെ പ്രകാശം നോക്കും തത്വജ്ഞനിൽ അജ്ഞാനം നശിച്ച് അജ്ഞാനം നശിച്ചിരിക്കുന്ന സ്ഥിതിക്ക് അജ്ഞാനകാര്യമായിരിക്കുന്ന ഈ പ്രപഞ്ചപ്രകാശം അതും അവിടെ നശിച്ചു അവിടെ ആ ഇന്ധനത്തെ നശിപ്പിച്ച ആത്മപ്രകാശത്തിൽ പിന്നെ ഇത് അത് മറ്റൊരു കാര്യം അജ്ഞാനം നശിപ്പിക്കുന്ന പ്രകാശം ആത്മപ്രകാശം ആ പ്രകാശനത്തിന് വേണ്ടി പ്രപഞ്ചം പ്രകാശിച്ചുകൊണ്ടേയിരിക്കും പക്ഷെ അപ്പോൾ കാഴ്ച വേറെ ആയിരിക്കും അതുവരെ കണ്ട കാഴ്ച ആയിരിക്കത്തില്ല അണ്ടുനി വ്യത്യാസം സാധാരണ കാഴ്ചക്കാണ് ഇവിടെ ഉദാഹരണം പറയുന്നത് ദാഹ്യം ഇല്ലാതിരുന്ന് കഴിഞ്ഞാൽ ജ്വലനം അഗ്നി എങ്ങനെയാണോ ഇല്ലാതായിത്തീരുന്നത് അതുപോലെ ഈ പ്രപഞ്ചസത്യത്വ ബോധം അതുമില്ലാതായിത്തീരുന്നു അവന്റെ അജ്ഞാനം നശിക്കുമ്പോൾ യഥാ യസ്വിൻകാലി തഥാ തസ്മിൻകാലി അമനസ്ഥം യാതി ഇതുപോലെ എങ്ങനെയാണോ അഗ്നി അതിന്റെ ഇന്ധനം നശിച്ച് അഗ്നിയും ഇല്ലാതായിത്തീരുന്നത് ഇവിടെ പറയുന്നവരിക്കാനും ആത്മപ്രകാശത്തിന്റെ ഇല്ലാതാകുന്നതിനെ കുറിച്ചല്ല അത് സ്വയം പ്രകാശമാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ദൃഷ്ടാന്തത്തിൽ ഏത് അംശമാണോ അഗ്രഹിക്കേണ്ടത് അതിനെഗ്രഹിക്കണം ബാക്കിയുള്ളതിനെ വിട്ടുകിടങ്ങണം അഗ്നി നശിക്കുന്നത് പോലെ ആത്മപ്രകാശം നശിക്കുമെന്നൊന്നും ചോദിക്കരുത് അതിന്റെ ഗുണം ഉദ്ദേശിക്കുന്നു യഥാ യശ്വിൻകാലെ തഥാ തസ്വൻകാലെ എപ്പോഴാണോ ഇന്ധനം നശിച്ച് ഈ നാമരൂപാത്മകമായ പ്രപഞ്ചത്തിൽ ഉള്ള സത്യത്വബോധം നശിക്കുന്നത് തഥാ തസ്വൻകാലെ അമനസ്ഥ അമനീഭാവം അമനസ്ഥയുന്ന ഭാവത്തെ അവൻ പ്രാപിച്ചിരിക്കുന്നു എന്തുകൊണ്ട് ഈ അജ്ഞാനകാര്യമായിരിക്കുന്ന മനസ്സ് പിന്നെ അവിടെ അവിടെ മനസ്സ് മുമ്പ് പറഞ്ഞ വ്യാവഹാരിക നില വിട്ടിട്ട് ആ മനസ്സ് പാരമാർത്ഥിക നിലയെ പ്രാപിച്ചിരിക്കുന്നു എന്നും പറയാം ഒരേ മനസ്സ് തന്നെ വ്യാവഹാരികമായ നിലയിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് പ്രപഞ്ചാനുഭവം പ്രപഞ്ചത്തെക്കുറിച്ചുള്ള സത്യാനുഭവം അതേ മനസ്സ് തന്നെ അതിന്റെ ആ നിലയപ്പെട്ട് പാരമാർത്ഥികമായ അവസ്ഥയെ പ്രാപിച്ചു കഴിഞ്ഞാൽ അമനസ്തവും പിന്നെ മനസ്സ് ഉണ്ടോ ഇല്ലേ എന്നുള്ള ചോദ്യത്തിന് ഉത്തരവില്ല അതാണ് അമനസ്തം എന്ന് പറയുന്നത് അമനീഭാവം എന്ന് പറയുന്നത് അത് മനസ്സിന്റെ ലയമല്ലാന്ന് ഇനി ആചാര്യൻ പ്രത്യേകം പറയും അമിനീ ഭാവം എന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സിൽ പെട്ടെന്ന് കടന്നു വരുന്നത് എന്താണ് മനസ്സിന്റെ ലയം മനസ്സില്ലാതായി പോകാതല്ല മുമ്പ് പറഞ്ഞല്ലോ ഈ മനസ്സെന്ന് പറയുന്നെന്താണ് ആ തുര്യന്റെ സ്പന്ദനമാണ് എന്താ ഈ സ്പന്ദനം അത് തുര്യനിൽ നിന്നും അന്യമായി ഒന്നല്ല നിർഗുണനും നിർവികാരിയുമായിരിക്കുന്ന ആ തുര്യൻ ആ തുര്യൻ എങ്ങനെ സ്പന്ദിക്കും അത് പരമാർത്ഥം അതാണെങ്കിൽ സ്പന്ദനമെന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്ന എന്തോ തരത്തിലുള്ള വികാരം സംഭവിക്കുന്നതാണ് ജലത്തിലെ തരംഗങ്ങൾ പോലെയെന്ന് ഉദാഹരണവും പറയും അതെങ്ങനെ സംഭവിക്കും തുര്യന് അങ്ങനെ ഒരു വികാരം സംഭവിച്ച് ഈ പ്രപഞ്ചബോധത്തെ ഉണ്ടാക്കിയാൽ ആ തുര്യൻ എങ്ങനെ നിത്യവും സത്യനുമാകും അതിന് പറഞ്ഞെന്താണോ ആ സ്പന്ദനം നമ്മൾ കരുതുന്നത് പോലെ പരമാർത്ഥമല്ല അത് ആ പരമാർത്ഥമായ സ്പന്ദനം അതുകൊണ്ടാണ് അതിന് മായ എന്ന് വിളിക്കുന്നത് നിർവികാരയായിരിക്കുന്നവൻ തന്നെ പരമാർത്ഥത്തിൽ സ്പന്ദിക്കത്തില്ല പക്ഷെ അപരമാർത്ഥത്തിൽ മായാരൂപത്തിൽ സ്പന്ദിക്കുന്നു അങ്ങനെ സ്പന്ദിക്കുമ്പോൾ അതിന്റെ എന്തെങ്കിലും ഭംഗം വരുമോ അതിന്റെ നിർവികാരാവസ്ഥയ്ക്ക് എന്തെങ്കിലും കൂട്ടത്തട്ടുമോ ഇല്ല അതിനാണ് ഇന്ദ്രജാലക്കാരന്റെ ഉദാഹരണം പറഞ്ഞത് അവനൊന്നും സംഭവിക്കാതെ തന്നെ അവിടെ പലതും സംഭവിക്കുന്നു അതാണ് ദ്വൈതവും അദ്വൈതവും തമ്മിലുള്ള വ്യത്യാസം മിൻകാലെ ആ അവസ്ഥയിൽ അമനസ്ഥാം അമനീഭാവം വ്യാദി അവിടെ അമനീഭാവം വരുന്നു സ്പന്ദനമായിരിക്കുന്ന മനസ്സ് തുരിയഭാവത്ത് നിലനിൽക്കുന്നു അതിന്റെ വ്യാവഹാരിക ഭാവത്ത് വിടുന്നു ഗ്രാഹ്യാഭാവെ തന്മനോ ആഗ്രഹം ഗ്രഹണവികല്പനാവർജിതം ില്ലാതായിത്തീരുന്നു നമ്മൾ കരുതുന്നത് പോലെയുള്ള സത്യമായ ഗ്രാഹ്യങ്ങൾ നാമരൂപാത്മകങ്ങൾ അതില്ലാതായിത്തീരുന്നു അതുകൊണ്ടുവരുന്നു തന്മനോ ആഗ്രഹം ഗ്രഹണവികൽപനാവർജിതം ഗ്രഹണവികല്പം ഗ്രഹിക്കാന്ന് വരുന്ന വികല്പങ്ങൾ അതില്ലാത്തവനായിത്തീരുന്നു ഗ്രഹണവികൽപനാവർജനായി തീരുമ്പോ ആ തുര്യൻ ആയി തന്നെ സ്ഥിതി ചെയ്യുന്നു ആ തുര്യൻ സ്വയം പ്രകാശിക്കുന്നു ആ തുര്യന്റെ സ്വയം പ്രകാശത്തിൽ മറ്റു സർവവും നിലനിൽക്കുന്നു അതിനൊന്നും സ്വയം നിലനിൽക്കാൻ കഴിയില്ലാതെ ഇപ്പോ ഈ അവസ്ഥയിൽ അജ്ഞാനാവസ്ഥയിൽ ഈ പ്രപഞ്ചത്തിലെ ഓരോ നാമരൂപങ്ങളും സ്വയം നിലനിൽക്കുകയാണ് എങ്ങനെ അജ്ഞാനത്തിന്റെ പിൻബലത്തിൽ നിലനിൽക്കുന്നു അത് സ്വയം നിലനിൽക്കുന്നു അല്ലെങ്കിൽ അതിനെ സ്വയം നിലനിൽക്കുന്നതായി നമ്മൾ ധരിക്കുന്നു അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അത് സത്യമാണ് ഇവിടെ സ്വയം നിലനിൽക്കാൻ തുജീന് മാത്രമേ ശേഷിയുള്ളൂ മറ്റൊന്നും ആ സ്വയം നിലനിൽപ്പിന് അർഹമായ കാര്യങ്ങളല്ല അതുകൊണ്ടാണ് തിരിയുന്ന സ്വയം പ്രകാശം എന്നും മറ്റെല്ലാം നശ്വരങ്ങളെന്നും പറയുന്നു ഈ പരമാർത്ഥ നിലയിൽ ഇതിന്റെ ഈ സ്വയം നിലനിൽപ്പില്ലാതായിത്തീരുന്നു അതാണ് വികൽപനാവർജിതം വികൽപരഹിതമായിത്തീരുന്നു അതാണ് തത്വജ്ഞന്റെ അനുഭവം എന്നാനിവിടെ പറയുന്നു ആത്മസത്യാബോധേന സങ്കൽപ്പയത്യ അമനസ്തം തഹ്യഭാവേ തദ്രഹം അകൽപ്പകം അജം ജ്ഞാനം േയാം പ്രചക്ഷതേയ നിത്യം അജേനജം വിബുധ്യത്തെ അസം ദുരിതം തഹി കം അജം അനത് ും പറഞ്ഞു ഗ്രാഹ്യാഭാവേ തത് അഗ്രഹം അഗ്നിയിലെ ജ്വനം ഇന്ധനം നശിക്കുന്നതോടുകൂടി ജലനവും തീരുന്നു അപ്പൊ അത് നമുക്ക് ചിലപ്പോ തെറ്റായ ചില അർത്ഥബോധത്തേക്കും ഉണ്ടാകണം അതുപോലെ ഒരു വിളക്കണയുന്നത് പോലെ ഈ പ്രകാശം അവസാനിച്ചു പോകുന്നു എന്ന് വന്നുകഴിഞ്ഞാൽ എന്നെ പൂർണ്ണ അന്ധകാരമായി ഈ ആത്മബോധമെന്നെണ്ണം പറയുന്നതിന് എന്താ അർത്ഥം ആരാരെ ബോധിക്കുന്നതാണ് ഇതൊരനുഭവമായി എങ്ങനെ മാറും ഇതൊക്കെ വരും അതിനു ചോദ്യമാണ് അതിനെ സംബന്ധിച്ചാണ് ഇവിടെ ചോദിക്കുന്നത് യതി അസതിതം ദ്വൈതം ഈ ദ്വൈതം പരമാർത്ഥം അല്ല എന്ന് പറഞ്ഞു നമുക്ക് പരിചയമുള്ളതാണെങ്കിലും ഈ ദ്വൈതം മാത്രമാണ് ദ്വൈതത്തെ സത്യമെന്ന് കരുതുന്നത് ആരുടെയും കുറ്റമല്ല കാരണം അത് അനുഭവസിദ്ധമായ കാര്യമാണ് സർവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അതുകൊണ്ടാണ് എല്ലാ പേരും ദ്വൈതീകളായിരിക്കുന്നത് വ്യാവഹാരികമായ നിലയിൽ ഒരാത്മനിഷ്ഠന പോലും ദ്വൈതിയായിരിക്കാനേ പറ്റും അദ്വൈതിയായിരിക്കാൻ പറ്റത്തില്ല കാരണം ദ്വൈതത്തിന്റെ പ്രഭാവം അത്ര ശക്തമാണ് വ്യവഹാരത്തിൽ ജീവന്റെ വ്യവഹാരത്തെ ദൈതത്തെ ആശ്രയിക്കാതെ വ്യവഹാര സാധ്യത വ്യവഹാരം ദ്വൈതത്തിലേ നടക്കുന്നുള്ളൂ ആ ദ്വൈതത്തെയാണ് ഇവിടെ നിഷേധിക്കുന്നത് അജാതവാദം എന്നെ പറയുന്നു അങ്ങനെ നിഷേധിച്ചു കഴിഞ്ഞാൽ നേരത്തെ ചോദിച്ചതുപോലെ ഒരു ചോദ്യമാണ് ഇവിടെ ചോദിക്കുന്നത് അതം ആത്മതത്വം യുദ്ധം ഈ ആത്മതത്വബോധം ആത്മാനുഭൂതി എന്ന് പറയുന്നത് ആർക്ക് എന്തുകൊണ്ടുണ്ടാകും എന്നാണ് ചോദിക്കുന്നത് ഇതിന് നിങ്ങൾ യുക്തി കൊണ്ടെന്ത് സമാധാനം പറയും കർത്താവ് കരണം കർമ്മം ഇതിനെയെല്ലാം നിങ്ങൾ നിഷേധിക്കുകയാണ് അനുഭവിക്കുന്നവൻ അനുഭവ വേദ്യമായിരിക്കുന്നത് അനുഭവിക്കേണ്ട മാധ്യമം ഇതിനെല്ലാം നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെ ആര് ആർക്കെന്തനുഭവം ഉണ്ടാവുന്നു നിങ്ങൾ ഈ അനുഭവം എന്ന് പറയുന്നത് മുയൽക്കൊമ്പെന്ന് പറയുന്നത് പോലെ എന്തെങ്കിലും അസംബന്ധമാണോ എല്ലാം ചോദിക്കുന്നു ഇതിലൊരു അനുഭവത്തിന് വേണ്ടിയാണല്ലോ ഒരുവൻ ഈ അദ്വൈത മാർഗത്തെ പിന്തുടരുന്നത് അജാതവാദത്തെ പിന്തുടരുന്നു പക്ഷെ ആചാര്യം എന്ന് ഉറപ്പിച്ച് പറയുന്നത് അനുഭവമാണ് അനുഭവമാണെന്ന് പറയുന്നു മഹാത്മാക്കളെല്ലാം പറയും ആത്മനിഷ്ഠ സത്യമാണ് എന്ന് പറയുന്നത് അത് ശിഷ്യനെ യുക്തിയിലൂടെ ബോധ്യപ്പെടുത്തണമെന്നാണ് അത് അസാധ്യമായ കാര്യമാണ് യുക്തിയിലൂടെ ബോധ്യപ്പെടുത്തണം ഒരു അനുഭവത്തെയും യുക്തിയിലൂടെ ബോധ്യപ്പെടുത്താൻ സാധ്യമല്ല വാചസ്വതി മിശ്രൻ എന്ന് പറയും നാഗാജുൻ എവിടത്തു പറയും ബ്രഹ്മസൂത്ര ഭാഷയത്തിന്റെ ഭാഷയത്വം കാട്ടാൾ സരസ്വതി വന്നാൽ പോലും അത് സാധ്യമല്ല പിന്നെ ഒരു ഗുരു മറ്റൊരാളാണ് ബോധ്യപ്പെടുത്തുന്നത് എന്ന് പറയും എന്നാലും ശിഷ്യന് ചിത്തസമാധാനം ഉണ്ടാക്കുക എന്നാണ് അത് ഗുരുവിന്റെ ഒരു ജോലിയാണ് ഒരു ചിത്തസമാധാനത്ത് കൊടുക്കുക താത്കാലികമായ ജിജ്ഞാസ നിവൃത്തി അതിനു വേണ്ടിയിട്ടാണ് ചോദ്യം സമാധാനം ചോദ്യം ഉണ്ടെങ്കിലൊരു സമാധാനം ഉണ്ടായിരുന്നു ആത്യന്തികമായ സമാധാനമല്ലെങ്കിലും ശിഷ്യൻ തൽക്കാലം തൃപ്തിപ്പെട്ടു കഴിഞ്ഞാൽ മാത്രമേ ആയി അതുകൊണ്ടാണ് ഈ ചർച്ച ചെയ്ത് നീട്ടി കൊണ്ടുപോകുന്നത് ചേനാസും വിഭജി എന്തുകൊണ്ട് നീ ഈ ആത്മതത്വത്തെ അഗ്രഹിച്ചു എന്നാണ് പറയുന്നത് അദ്ദേഹത്തിൽ പിന്നെ ആരാഗ്രഹിക്കുന്നത് അദ്ദേഹം ഇവിടെ പറയുന്നു രണ്ടില്ലല്ലോ പിന്നെ ആര് ആര് എന്തുകൊണ്ട് ഗ്രഹിച്ചു അതിന് സമാധാനം പറയുന്ന അതിന് ഉച്ചതേ പറയാം എന്ന് പറഞ്ഞാൽ അജ്ഞനായിരിക്കുന്ന ശിഷ്യന് മനസ്സിലാകുന്ന തരത്തിൽ പ്രയാവമാണ് പരമാർത്ഥത ഒരിക്കലും പ്രസംഗിക്കാൻ പറ്റത്തില്ല ആർക്കും വെളിപ്പെടുത്താനും പറ്റത്തില്ല അമ്പരയും അത് നമ്മുടെ ഗുരു വെളിപ്പെടുത്തി തരുമല്ലോ അതാണ് വാചസ്വതി പറഞ്ഞത് സാക്ഷാത് സരസ്വതി വിചാരിച്ചാലും സാധ്യമല്ല വിദ്യയ്ക്ക് സരസ്വതിയെ കാണും വേണ്ടിയൊരു ഗുരു നമ്മൾ കേട്ടിട്ടുണ്ട് ആ സരസ്വതി വിചാരിച്ചാലും സാധ്യമെന്നു പറഞ്ഞാലാണ് അകൽപകം സർവകല്പനാവർജിതം അതയോ അജം ഞക്തിമാത്രം പരമാർത്ഥസഭ ബ്രഹ്മണാഭിന്നം പ്രചക്ഷതെ ഇവിടെ പറയുന്ന ഈ തിരിയൻ അകൽപ്പകമാണ് അല്ലെങ്കിൽ ഇവിടെ പറയുന്ന ഈ തുരിയനുഭവം തുല്യ അനുഭൂതി എന്ന് പറയുന്നത് സർപ്പകൽപ്പന വർജിതമാണ് എന്താ പറയാ ഉദ്ദേശിക്കുന്നത് താൻ അതായത് ശിഷ്യൻ സ്വയം അജ്ഞനായിരുന്നു കൊണ്ട് ഈ ആത്മ അനുഭവത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് എങ്ങനെയായിരിക്കും മനസ്സിലാകുന്നത് സ്വന്തം കൽപ്പനയിലൂടെ അല്ലാതെ സാധ്യമല്ല സ്വയം ആത്മനിഷ്ഠനല്ല ആകാതെ ഇതിനെ സംശയ നിവൃത്തി രൂപത്തിൽ ഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ സ്വന്തം കൽപ്പനയിലൂടെ ഗ്രഹിക്കുകയാണ് അത് അസാധ്യമെന്നാ പറയുന്നത് കൊണ്ട് ഇത് സർവകൽപ്പനാവർജിതം നമ്മുടെ എല്ലാ കൽപ്പനകൾക്കും അതീതമാണ് അല്ലെങ്കിൽ നമ്മുടെ ഒരിക്കലും അതിന്റെ ആധാരത്തിന്റെ തലത്തിലെത്തിയിട്ടില്ലാത്തവൻ ഈ സർവകൽപ്പനാവർജിതമായതിനെ സ്വന്തം കൽപ്പനകളിലൂടെ എങ്ങനെ അറിമല്ല കൽപ്പന എന്ന് പറയുന്നത് എന്താണ് നേരത്തെ പറഞ്ഞാൽ ചിത്രസ്പന്ദനമാണ് വികാരങ്ങളാണ് ഇത് വികാരവർജിതമാണ് വികാരിയായിരിക്കുന്ന ജീവന് തന്റെ ആ നിലയിൽ നിന്നുകൊണ്ട് വികാരവർജിതമായ ആ തത്വത്തിന്റെ അനുഭവം ഇങ്ങനെ ഈ നിലയിൽ നിന്നുകൊണ്ട് തത്വം പറഞ്ഞല്ലോ മനസ്സ് അതിന്റെ വ്യാവഹാരികമായ നിലയെ വെടിയണം അതിന്റെ പാരമാർത്ഥികമായ നിലയിൽ നിലനിൽക്കണം അതാണ് ഇതിന്റെ അനുഭവം എന്ന് പറയും അനുഭൂതി എന്ന് പറയും അതുകൊണ്ട് ഇതിന്റെ നിലയിൽ നിന്നുകൊണ്ട് തന്നെ ഇതിന്റെ അനുഭൂതി കൈവരുത്താം എന്ന് ശ്രമിക്കില്ല കാരണം അവിടെ നീ ആഗ്രഹിക്കുന്നതിന്റെ കൽപ്പനയിലൂടെ തിരിക്കുക എന്നുള്ളവ സാധ്യമല്ല അതെയോ അജം അതുകൊണ്ട് തന്നെ ഇത് അജനാണ് അജാതം എന്ന് പറയുന്നതാണ് ജ്ഞാനം ജപ്തി മാത്രം അത് കേവലം ജ്ഞാനസ്വരൂപമാണ് ഇവിടെ ഭാഷകാരി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ജ്ഞപ്തി വിജ്ഞപ്തി വിജ്ഞാനം ഈ ശബ്ദങ്ങൾ അത് മാത്രമാണ് അത് മാത്രമാണെന്ന് പറയുമ്പോൾ നിന്റെ കൽപ്പനകളല്ല നാമരൂപാത്മകമായ നിന്റെ ഈ അനുഭവങ്ങളല്ല അഹം എന്ന് പറയുന്ന ആ വൃത്തിയിൽ നിന്ന് തുടങ്ങുന്ന മറ്റ് മനോവൃത്തികൾ അതൊന്നുമല്ല ഇതംബോധവുമല്ല കേവലം ജപ്തി മാത്രമാണോ മലയാളത്തിൽ അറിവ് എന്ന് പറയാം കേവലമായ അറിവ് നമ്മൾ അറിവറിവെന്ന് പറയുന്നത് നമ്മുടെ സങ്കല്പങ്ങളെയാണ് വികാര വിചാരങ്ങളെയാണ് നമ്മളറിവെന്ന് പറയുന്നത് ആ അറിവിനേണ്ട അവിടെ ഉദ്ദേശിക്കുന്നത് ജപ്തി എന്ന് പറയുമ്പോൾ സങ്കല്പരഹിതമായ വികാര വിചാര ശൂന്യമായ അറിവ് അറിവിനെ അതിന്റെ തനതായ നിലയിൽ നമുക്ക് പരിചയമില്ല നമ്മളെ അറിവിനെ ഒരുപാട് മാറ്റി മറിച്ച് വികാര വിചാര സങ്കല്പരൂപത്തിലറിയുന്നു അതിനെയല്ല ഞപ്തി എന്ന് പറയുന്നു അത് ജയന പരമാർത്ഥ സദാ ബ്രഹ്മണ അഭിന്നം ആ ഞുപ്തിരൂപത്തിലിരിക്കുന്ന കേവലമായ ആ അറിവ് അതാണ് അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് അത് നീ അറിയേണ്ടതായിരിക്കുന്ന ആ ബ്രഹ്മത്തിൽ നിന്ന് വേറെയല്ല ബ്രഹ്മണ അഭിന്നം ഞേയമൊന്നു കരുതുന്ന എങ്ങനെ ഈ ബ്രഹ്മത്തെ അറിയാൻ പറ്റും എന്നാണല്ലോ ചോദിക്കുന്നത് ഇതറിയാൻ പറ്റുന്ന ഒന്നാണെന്നുള്ള ഒരു ധാരണയിൽ ആ ചോദ്യം മറ്റു സർവ്വത്തെയും അറിയാം എന്നുള്ളത് ഇതിനെ അറിയാൻ പറ്റുന്ന ഒന്നാണ് അല്ല ഈ അത് അറിയേണ്ടതാണെന്ന് കരുതുന്ന അതിൽ നിന്ന് വേറെയല്ല അഭിന്നം പ്രചക്ഷലേ അതാണ് അദ്വയം എന്ന് പറയുന്നത് ഇന്ന് കഥയന്തിയാര് ബ്രഹ്മവിധ ഈ അനുഭവമുള്ളവർ ബ്രഹ്മവേദനം ബ്രഹ്മാനുഭവമുള്ളവരെയാണ് ബ്രഹ്മവിത്ത് എന്ന് പറയും അപ്പൊ അത് പറയുന്നതിന്റെ താല്പര്യം എന്താണ് ഈ അദ്വയമായിരിക്കുന്ന ഇതിനെ ദ്വൈതമായി അറിയാൻ ശ്രമിക്കേണ്ട എന്നാണ് ഇതെങ്ങനെ അറിയാൻ പറ്റും എന്നുള്ള ജിജ്ഞാസ ഇതിനെ ഞാൻ അറിയും എന്നുള്ള വാശി ഇതെല്ലാം അദ്വയത്തെ ദുരിതമായി അറിയുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് അത് സാധ്യമല്ല അറിയപ്പെടേണ്ട ആ ബ്രഹ്മസത്ത ഈ സങ്കല്പത്തിൽ കാണുന്ന ഈ ബ്രഹ്മ ജ്ഞാന അറിവ് നീ ഇതെല്ലാം അഭിന്നമാണ് അഭേദമാണ് എന്ന് ഇതിനെ അനുഭവിച്ചവർ പറയുന്നു അതാണ് അനുഭവത്തിന്റെ തലം എന്ന് പറയുമ്പോൾ സാധാരണ നമ്മുടെ സങ്കല്പത്തിൽ വരുന്ന എല്ലാ അനുഭവങ്ങൾക്കും അതീതമായിരിക്കുന്ന അനുഭവം എന്ന് പറയാം അത് അനുഭവ സ്വരൂപമാണ് അനുഭവ വിഷയമല്ല എന്ന് ബ്രഹ്മവിത്തുക്കൾ പറയുന്നു കഥയേന്തി ബ്രഹ്മവിധ പറയുന്നു പ്രജക്ഷത പറയുന്നു പ്രജക്ഷത എന്ന് പറയുന്നതിന് വ്യാഖ്യാനിച്ചിരിക്കുകയാണ് കഥയന്തി അർത്ഥമാണ് പ്രജക്ഷതയെ സാധാരണ ഉപയോഗിക്കുന്നതല്ല അതുകൊണ്ട് കഥയന്തി എന്നെ വ്യഖ്യാനിച്ചു ആര് പറയുന്നു ആ അനുഭവമുള്ളവർ പറയുന്നു അതാണ് അനുഭവത്തിന്റെ പരമ പരമമായ നില എന്നിവിടെ പറഞ്ഞിരിക്കുന്നു അകൽപ്പകം അജം ജ്ഞാനം ജെയാഭിന്നം പ്രചക്ഷതേ ബ്രഹ്മ ജ്ഞേയം അജം നിത്യം അജേനജം ബുധ്യത്തെ